രി ഓ അന്തരാതിരുപാതൈ ശാത്തപനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरु श्री ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീ വ്യോമവത് വ്യാപ്തേഹിമൂർത്തമഹിപം നി नामगोत्रं नसूत्रं നോജാതിർന്ന വർണ്ണത്തി പുരുഷോ നസം നീ നി ജനം നാസ്തി പുണ്യം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമാമി സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരം പരാ मौन व्याख्या प्रकटित पर्रह्मतत्व युवानम वर्षिष्टाते सदृशिगणरावृत ब्रह्मनिष्ठ आचार्येन्द्र कलकलित चिमुद्रनंदमूर्ति स्वात्म उदित वदनम दक्षिणा मूर्तिमीड़े वेद विभासका ये शाताय सन्यासीनेवानगेन्द्र सवे योगींद्रवंद मोहध्वाकत् बिभ्रते तस्म भाष्य नमों सतत पूर्णा बोधत्मनेपारसच्चित्सुखवाशे योर्म भुवनम सम देहं ഗുഹാഹിതം തമ്മണം ഗഭീരം ചിന്വിഹീനം ഹൃതി ചിന്തയാഹം മൃണ്മയവജാത്മകഹം ബുദ്ധിമുസ്ഹം തദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കരധയാ ദാത്മന सोहं फूर्तिदया अचलशिव पूर्णो विभाति स्वयं करुणसुताब्धे सुविकासाय घन विश्व सर्वं भूत्वा चिंतकचल भूवास्तिनमेत ഹൃദ്യഹിത്മതയാ വോ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വം ൂപം ശാമ്യരുണാചലത്വനദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം ध्यायन पश्य योगी दीधी अरुणाचल महीयनस सर्वं तवाकृतया सततम भजते अनन्य प्रीत्या अन्यीतिया सजय्तरुणाचल सुखे मग्ना हृदयकुहर मध्ये कवल ब्रह्म ह्यहम साक्षा आत्मेण भाति ഹൃദി വിഷമനസാ സ്വ ചിൻവ പവനച്ചലന രുധാത്മനിഷ്ടോണപ്രഭം സോമകലാവതം സമ്പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രാണപ്രിയം നൌമു വിനകാണേ കോണത്രയസ് കൂലദൈവഹം നമുയാമി നഥലേഖാലുന്തളാ चूडोत्तम भाननीसताप निर्वापन सुधानदी चूडोत्तचंद्रचारुकि छंजिभास्वरू लीलाग्धबिलोल कामशलोदशाग्रे स्फु अंतस्फूर्जपारोहतिर प्राग्भाड़ ചേട്ട സദ്മി യോഗി വിജയത്തെ ജാനപ്രദീപോഹര ശാരദാ ശാരദാ ഭോജവദുജസ്മാക്കും സധി സധി കിണ പ്രവിശ്യ മമ വാചിമാൻ പ്രസുപ്ത സഞ്ജീവയ ഖില ശക്തിധരസ്വതാ അനാശഹസ്തരണശ്രവണത് പ്രാണന്നമോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓനശ്ലവോ സ്വയം വ്യാസേന പ്രജിത പുരാണ മുനി വജ്രേ മഹാഭാരതം അദ്വൈരാമൃതർഷി ഭഗവതി അഷ്ടാദാധ്യംബത് അനുസന്ത ഭഗവത്ഗീര നമോ യാവതൈന പൂർണ്ണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപഞ്ച വരിജ ോത്രമേത്രൈകാണേ ജാനമുദ്രയ കൃഷാ ഗീതൃതേ സർ മനിഷ ലോകോ ദുദ്ധാ ഗോപാലയ പാദോ വർഷസുക്തധം ഗീതാമൃതം വലത് വസുസു ദംസാടോജനം തേമി പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണത ജയദ്രത ജലായോർബല ശല്യമേ അശ്വാന വികർണ്യകോരമകര ദുര്യോധന വൃത്തി സൂക്ഷേനാഖല പണ്ടവൈ ജനനദി ഷവശലവചോജമയം ീതന്ധോത്താഖ്യാനകെ സൈക്കംബോധമാ ബോധിക്കും ലോകേ സജ്ജനഷപ്പൈരഹര തേ ബീജമാനം മുത ഭൂയാ ധംസിന് ശ്രേയസേ ഓക്കം കറോതി വാചാ പങ്കും ലംഘയേ ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവേന്ദ്രുഗ്രമു സ്തു ദിവ്യൈസ്തമൈ വേദൈ സാഗപദക്രമോപനിഷേ ഗായം സമഗാ ധ്യവസ്ഥിത പശ്യം യോഗിന് യുഃ സുരാഗണ തസ്മൈ നമ പാർത്ഥസാരഥിപേണുഭാംഗിരം പാർത്ഥസ്യർത്തിഹരോ ദഹ കൃപാമൂർത്തി സമാതുനഃഹം പതിനേഴാമത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലെ ഉപദേശശ്ലോകം ജ്യോതിഷാ അഭി തജ്യോതി तमसफ परम उचते ज्ञानमेय ज्ञानगम्यं हृदय सर्वस्य विष्ठित अव आश्रयभूत अवदय अवें व्यक्तित्व रूप प्रकाशिक അനുഭവത്തിൻ്റെ ഉണ്മയായ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ചാൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പിടികിട്ടും ഹൃദി സർവസ്യവിഷ്ഠിതം എല്ലാവരുടെ ഹൃദയത്തിലും നമ്മളുടെ സെന്ററായിട്ട് ഹൃദയം എന്നുള്ള പേരിന് തന്നെ അർത്ഥമതാണ് കേന്ദ്രം നമ്മളുടെ ബോധകേന്ദ്രമായിട്ട് അനുഭവ കേന്ദ്രമായി ഭഗവാൻ എല്ലാവർക്കും സിദ്ധവസ്തുവാണ് എന്ന് പറഞ്ഞു അങ്ങനെ ക്ഷേത്രം ക്ഷേത്രജ്ഞം ക്ഷേത്രജ്ഞനെയാണ് ജ്യോതിഷാമപിതജ്യോതിഹി എന്ന് പറഞ്ഞത് ക്ഷേത്രം ആ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് ക്ഷേത്രം ഇത്രയും പറഞ്ഞു പ്രകൃതി പുരുഷ വിവേചനത്തിന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ കണ്ടത് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ജ്യോതിഷാമിജ്യോതി തമസ इदिक्षेत्रं ജാനഗമ്യം വിഷിതം ഇതിഷേത്രം തധാ ജേയം ചോക് സമാസദ മേതധിജാ മദ്ഭാവാപയ പ്രകൃതി പുരുഷന്വേ വികാരാശ ഗുണാശൈവ വിധി പ്രകൃതിസംഭവാൻ കാര്യകരണകർത്തേ ഹേതു പ്രകൃതിരുച്യത പുരുഷ സുഖദുഃഖാ ോ കൃത്േരുച്യതേ പുരുഷ പ്രകൃതി സ്ഥോി ഭുങ്ക് പ്രകൃതിജാ ഗുണ കാരണം ഗുണസംഗോസ്യ സദസദ്യോ ജന്മസുദ്രാമന്ധർ ഭൂപ്വര പരമാത്മേ ചാ എന്ന് പറയാൻ കാരണം നമുക്ക് ഭഗവാനെ നമ്മളുടെ ഏറ്റവും അടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അസ്മിൻ ദേഹി ഈ ശരീരത്തില് ഉപദ്ര അനുമന്ത ഭർത്താ ഭോക്ത ഉപദ്രഷ്ടാവ് എന്ന് വെച്ചാൽ ദ്രഷ്ടാവ് എന്ന് വെച്ചാൽ കാണുന്നവൻ എന്നർത്ഥം ഉപദ്രാവ് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് നമ്മളാൽ കാണപ്പെടുന്നവൻ അവനെ കാണാനുള്ള വിദ്യയ്ക്കാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് കാണുക ഉപദ്രാവം അനുനന്താച്ച് നമ്മളുടെ അകത്തിരുന്ന് മനസ്സിൽ വരുന്ന ഓരോ ഇച്ഛയ്ക്കും മൂലകാരണമായിരുന്ന് വഴിതെളിക്കുന്നവൻ നമ്മളെ ഭരിക്കുന്നവൻ ഭർത്താവ നമ്മളുടെ അകത്തിരുന്ന് ഭോക്താവായിരിക്കുന്നവൻ എല്ലാ ശരീരത്തിലും ഭോക്താവായിട്ട് ഇരിക്കുന്നവൻ ഭോക്ത കർത്താ ഭോക്ത മഹേശ്വര ജഗത്തിനു മുൻ കാരണഭൂതനായിരിക്കുന്നവൻ आई तरने इती जीवात्मा ईश्वर पर उधवात्पी आचार्यस्वाम विवेच चूड़ा मिल्लोकम प्रकृति विकृति भिन्न शुद्धबोधस्वभाव सदसतिदमश भाषय विलसति परिष्वस्था अहम अहम सा प्रकृति विकृति भिन्न विकृति मलया विकृति का कुछ विकृति इवे आर्थम नाम का मणक रुचर्शा अभिमान इतक विकृति आ ഇതിന് മൂലരൂപമൊന്നും ഉണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ ഇതൊക്കെ എവിടെയോ എടുത്തു ചെന്ന് ലയിക്കുന്നു അത് പ്രകൃതി ഇതിന് രണ്ടിനും അപ്പുറം ഉറക്കത്തിനും ഉണർവിനും അപ്പുറമുള്ള ഒരു ഉണർവുണ്ട് എന്തിലും സാക്ഷിയായി നിൽക്കുന്ന അറിവ് പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധ ബോധസ്വഭാവ ഒരു കളങ്കമില്ലാത്ത ബോധമേ സ്വരൂപമായിട്ടുള്ളതാണ് ഞപ്തി ശുദ്ധ ബോധസ്വഭാവം സദസതിദമശേഷം ഭാസയുന്നു ജാഗ്രത അവസ്ഥയിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു അതാണ് ജ്യോതിഷാമപി തെരുചി ഉറക്കത്തിൽ ഒന്നും അറിയില്ല എന്നുള്ള അറിവില്ലായവയും പ്രകാശിപ്പിക്കുന്നു വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു ജാഗ്രത് മുതലായ അവസ്ഥകൾ എന്ന് വെച്ചാൽ ജാഗ്രത് സ്വഫനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എല്ലാ അവസ്ഥകളും മാറി വരുമ്പോഴും അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ ഞാൻ ഞാൻ എന്ന അനുഭവരൂപത്തിൽ ബുദ്ധിക്ക് സാക്ഷിയായിട്ട് എന്നുവച്ചാൽ ബുദ്ധിക്കും അപ്പുറം നിന്നുകൊണ്ട് ബുദ്ധി ലയിച്ചു പോകുന്ന ഉറക്കത്തിലും ഉള്ള വസ്തുവായിട്ട് थु नुभवे अरोम वेद परोक्षा डयरक्ट इमीडियट इवे इन अनुव साेण बुद्धे बुद्ध साववानी पर भर्ता भोक्ता महेश्वर नाच न स्वरूप പരമാത്മാ ഇതി അഭിയുക്ത പരമാത്മാവെന്നും പറയപ്പെടുന്നു ആരെയാ പറയണത് അസ്മിൻ ദേഹേ യഹ പുരുഷ സഹ ഈ ദേഹത്തിൽ ഏതൊരു പുരുഷനുണ്ടോ ഊണുക്കുൾ ഈശൻ ഒളിന്തിരുന്നാണേ എന്ന് തിരുമൂലർ പാടി ഊണ് എന്ന് വെച്ചാൽ ശരീരം അതിൽ നിന്നാണ് ഊണ് നമ്മൾ മലയാളത്തിൽ പറയണത് തമിഴ് വാക്കാണ് ഊണ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ ഊണ് ഈ ശരീരവും ഊനക്കുൾ ഈശൻ ഒളിതിരണ്ടാണ് ഭഗവാൻ എങ്ങനെയാ ഒളിഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ ഞാൻ ഞാൻ എന്ന അനുഭവ ഞാൻ എന്ന അനുഭവം ദേഹത്തിലാണ് എന്നാണ് ഇപ്പോ പറഞ്ഞത് പക്ഷെ വാസ്തവത്തിലത് ദേഹത്തിലാണോ ദേഹേസ്മിൻ എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു ദേഹത്തിലാണോ ദേഹത്തിൽ ഏതെങ്കിലും ഒരു അംഗത്തിൽ പ്രത്യേകിച്ച് ഞാൻ എന്ന അനുഭവം ഉണ്ടോ കൈ മുറിച്ചു മാറ്റിയാൽ ഞാൻ എന്ന അനുഭവം ഒത്തിരി കുറയുമോ ഒരു കഷ്ണം ഞാൻ എന്ന അനുഭവം പോവോ അഥവാ മുറിഞ്ഞു കിടക്കുന്ന കയ്യെ അത് ഞാൻ ഇന്ന ആളുടെ കൈയാണെന്ന് പറയുമോ അതിന് നുള്ളിയാൽ വേദനിക്കോ അതിനെ നുള്ളിയാൽ എനിക്ക് വേദനിക്കോ അതിനെ തീയിട്ടിലിട്ട് കത്തിച്ചാൽ എനിക്ക് ചുടുവോ കയ്യും കാലും ഒക്കെ വേർതിരിച്ചാലും ഞാൻ എന്ന അനുഭവമുണ്ട് തലയെടുത്താലും ഞാൻ എന്ന അനുഭവം ഉണ്ടാവും ദക്ഷന്റെ തല മാറ്റിയിട്ട് ആടിന്റെ തല വെച്ചു ദക്ഷൻ ആടായിട്ട് മാറിയില്ല തലയെ ആടിന്റെ ആയുള്ളൂ ദക്ഷൻ അതേ ആള് തന്നെയാണ് ഇന്ന് നമ്മളുടെ ശാസ്ത്രം പറയണു അത് സാധ്യമാണോ തല വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തലയൊക്കെ മാറ്റി ഫിറ്റ് ചെയ്യും വേറെ തലയൊക്കെ ഫിറ്റ് ചെയ്ത് ആളുകൾ നടക്കും കടം വാങ്ങിയിട്ട് കടം കൊടുക്കേണ്ട സമയമാവുമ്പോൾ തല മാറും ിറ്റ് ചെയ്താൽ പിന്നെ കടം കൊടുക്കണം ആളതേ ആളെ തന്നെ തലയെ മാറുകയുള്ളൂ തലയൊന്നും നമ്മളുടെ അംഗമല്ല തലയൊന്നും ഞാനല്ല കയ്യും കാലും ഒന്നും ഞാനല്ല ഹൃദയം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പിടിച്ചു നിർത്തി ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഇളക്കിവിടുന്നു അതുകൊണ്ട് ഞാനില്ലാതായില്ല ഏതംഗങ്ങളെ പിടിച്ചു നോക്കിയാലും ഈ അംഗങ്ങൾക്ക് പുറകിൽ അംഗിയായിരിക്കുന്ന ഞാനെന്ന അനുഭവം അതിൽ നിന്നും വ്യതിരിക്തമാണ് വേർപിരിഞ്ഞു നിൽക്കുന്നു എന്നാലും ദേഹത്തിൽ എന്ന പോലെയാണ് അനുഭവം രമണു ഭഗവാനും കാവ്യകണ്ഠ ഗണപതി മുനിക്ക് ഉപദേശം കൊടുക്കുക പറഞ്ഞു ഈ ദേഹത്തിൽ ഞാൻ എന്ന് തോന്നുന്നത് എന്താണ് അവിടെ മനസ്സിനെയാണ് കാണിച്ചു കൊടുത്തത് ഞാൻ എന്ന് തോന്നുന്നത് എന്തോ അത് മനസ്സാണ് അതെവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക ഉദിക്കുന്ന സ്ഥലത്ത് അതടങ്ങും അത് തന്നെ തപസ് എന്ന് ഞാൻ എന്ന അഭിമാനവൃത്തി മനർഷീന്റെ മാർഗം അങ്ങനെയാണ് അഭിമാനവൃത്തിയെ പിടിച്ചുകൊണ്ട് ബോധത്തിലേക്ക് പോകുക അഭിമാനവൃത്തി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും അഹംവൃത്തി ചിത്തവൃത്തി അസ്മിത എന്നൊക്കെ യോഗികൾ പറയും നമുക്കൊക്കെ അനുഭവമുള്ളത് അഹംവൃത്തിയാണ് ഇപ്പോ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഈ സദസ്സില് വെച്ച് നിങ്ങളെ ആരി ഇവിടെ വരാൻ പറഞ്ഞു എഴുന്നേക്കൂ പോകൂ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തോ ഒരു ഓർത്തല് എന്നെ പറഞ്ഞു ഇത്രയും ആളുകളുടെ മുമ്പിൽ അതൊക്കെ വെർബലൈസ് ചെയ്യുന്നത് പിന്നെയാണ് പക്ഷെ ആ സമയത്ത് ഉള്ളിൽ ഒരു പൾസേഷൻ സ്പന്ദനം സ്ഫുരണാത്മകമായ അനുഭവം ആ സ്ഫുരണം അഹം വൃത്തിയുടെയാണ് ചിജട എന്നെ പറഞ്ഞു ഞാൻ അയാളെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ചലനം അത് കണ്ടൻസ്ഡ് ഫോം ഓഫ് മൈൻഡാണ് മനസ്സ് മുഴുവൻ അഹംവൃത്തിയുടെ രൂപമാണോ അഹംവൃത്തിയെ എടുത്താൽ മനസ്സുണ്ടാവില്ല കണക്കിലെത്ര അക്കുണ്ട് കണക്കിലെ എത്ര നമ്പേഴ്സ് ഉണ്ട് എത്ര നേത്തെ കൂട്ടി കേട്ടിട്ടുള്ളവരൊന്നും വിളിച്ചു പറയാൻ പാടില്ല അതിന്റെ രസം പോവും പലരും എത്ര സിമ്പിൾ ക്വസ്റ്റിനാ എന്താ പിന്നെ പലരും പലതും പറയും ആകെപ്പാടക്കണക്കിൽ ഒറ്റ അക്കമേ ഉള്ളൂ ഒന്ന് ഒന്ന് മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് രണ്ടാവണം മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് മൂന്നാവണം അല്ല ഇത്ര സിമ്പിൾ ഒബ്വിയസ് ഫാക്ട് ഇതിന് വലിയ കണക്കും ആരും പറഞ്ഞ് വിശ്വസിക്കൊന്നും വേണ്ട നേരിട്ടറിയാം നമുക്ക് മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് നാലാവുന്നു മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് അഞ്ചാവുന്നു ഒന്ന് തന്നെയാണ് രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടും അഞ്ചായിട്ടോ ഒക്കെ വേഷം കിട്ടുന്നത് അതേപോലെ വിനൈക സംഖ്യാഗണനേവലോകെ എന്നതാണ് സന്ദർശനത്തിൽ പറഞ്ഞത് ഒറ്റ സംഖ്യയേ ഉള്ളൂ പക്ഷേ gives out such an impression that it is innumerable. അതേപോലെ നമ്മൾ പറയണു മനസ്സിൽ ഒരുപാട് ചിത്തവൃത്തികൾ എന്നാണ് ഒരുപാട് ചിത്തവൃത്തികളൊന്നുമില്ല ഒറ്റ ചിത്തവൃത്തിയേ ഉള്ളൂ ഞാൻ എന്നുള്ള ചിത്തവൃത്തി ആ ഞാൻ എന്ന ചിത്തവൃത്തി തന്നെ കാമമായിട്ടും കോപമായിട്ടും അസൂയയായിട്ടും ദ്വേഷമായിട്ടും ഇഷ്ടമായിട്ടും ഭക്തിയായിട്ടും ആസക്തിയായിട്ടും ഒക്കെ വേഷം ഇടുക ആ ചിത്തവൃത്തിയാണ് നമ്മളുടെ പ്രഥമവികാരം എന്ന് പറയുന്നത് ആ പ്രഥമ അന്വേഷിച്ചാൽ എന്തായി ഞാൻ ആരാണ് ഞാൻ ഇത്രയധികം ഞാൻ ഞാൻ എന്ന് പറയണമല്ലോ എന്തായി ഞാൻ ഈ ഞാനിന്റെ സ്വഭാവം എന്താ ഞാൻ എന്നുള്ള ഈ പ്രഥമ സ്വഭാവം എന്താ അത് എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് ശ്രദ്ധയാണ് അന്വേഷണം എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ടല്ല ശ്രദ്ധയാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹൃദയകവാറത്തിൽ ജാഗ്രതയോടുകൂടെ നിൽക്കുക പൊന്തുമ്പോ ശ്രദ്ധിക്കുക ആരെങ്കിലും നിന്ദിക്കുമ്പോൾ അകമയ്ക്ക് അത് ഉദിക്കുന്നത് ശ്രദ്ധിക്കുന്നു അത് എവിടുന്ന് പൊന്തുന്നു എവിടെ അസ്തമിക്കുന്നു അതിന്റെ മൂവ്മെന്റ്സ് അതിന്റെ ചലനം മുഴുവൻ ശ്രദ്ധിക്കുകയാണ് എന്നെ പറഞ്ഞു എനിക്ക് വിഷമം വാസ്തവത്തിൽ നമ്മളുടെ ജീവിതത്തിലെ സകല പ്രശ്നത്തിനും കാരണം ആ സെന്ററാണ് ഏത് പ്രശ്നവും പ്രശ്നമാകുന്നത് ആ സെന്ററിൽ തൊട്ടാലേ ഉള്ളൂ ആ സെന്ററുമായി സംബന്ധം വന്നാലേ എനിക്ക് ദുഃഖമോ വിഷമമോ ശോകമോ ആസക്തിയോ ഹർഷമോ അമർഷമോ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഉദാസീനായിട്ടിരിക്കും എന്നെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് തുള്ളുന്നു അവിടെ തൊട്ടു എനിക്കിഷ്ടപ്പെട്ട കാര്യം വരുമ്പോൾ തുള്ളാൻ കാരണം ഈ ഞാൻ എന്ന പ്രഥമ വികാരത്തിന് അല്പമൊന്ന് തൊട്ടാൽ കളി കാര്യമാവും അതുവരെ ഒന്നും പ്രശ്നമല്ല അഭി പ്രഥമം കാരം അഹമയം കൂതോ ചിന്വത ഐ പത അഹം നിജ വിചാരണം അഹമി നാശഭാജി അഹമഹം തയാ സ്ഫുരതിഹൃത് സ്വയം പരമപൂർണ സത് അഹമയം കൂതോ ചിന്വത ഈ ഞാനെന്നു അഹം വൃത്തി ഐ തോട്ട് അഹങ്കാരം അതെവിടം ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ അത് ഉദിക്കുന്ന സ്ഥലത്തിൽ തിരിച്ചിലയിക്കും അത് ലയിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ ഉമ്മയായ വ്യക്തിത്വമുണ്ട് ഇത് അസ്യൂംഡ് ഇൻഡിവിജ്വാലിറ്റിയാണത് ഇപ്പൊ ഞാൻ എന്ന് അതെവിടെ കുതിക്കണോ എന്ന് ശ്രദ്ധിച്ചാൽ സാമാന്യസത്ത ആ സാമാന്യസത്തയിൽ അത് ലയിക്കും അതിനെ വേണമെങ്കിൽ താൻ എന്ന് പറയാം താൻ എന്ന് ഉറയ്ക്കുമളവാനന്ദം എന്തു ഹരിനാരായണ തന്മയം തന്റെ സ്വരൂപം ആ സ്ഥിതി അസ്തിത്വം എക്സിസ്റ്റൻസ് ആ അസ്തിത്വമാണ് ഇവിടെ ഭഗവാൻ പുരുഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് അത് അയാം അല്ല അത് ഐ ഈസ് ആണ് മലയാളത്തിൽ അത് അത്ര കൊണ്ട് പറയാൻ പറ്റുക നമുക്ക് അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ പറഞ്ഞാൽ അഹം അസ്മി അല്ല അത് അഹം അസ്ഥി അസ്മി വരുമ്പോ എന്റെ അഹം വൃത്തി അതിൽ ആ അഹംവൃത്തി ലയിച്ചു കഴിയുമ്പോൾ അവിടെ ഞാൻ എന്ന വ്യക്തിയില്ല സാമാന്യസത്തയെ ഉള്ളൂ അത് അസ്ഥി എക്സിസ്റ്റൻസ് ആണ് എക്സിസ്റ്റൻസ് അവേർനെസ് അതിൽ നിന്നാലോ ജോയ് ബ്ലിസ് നമ്മളുടെ സ്വരൂപമാണ് ആനന്ദം ശാന്തി അപ്പോ അതിനാണ് ഭഗവാൻ പുരുഷൻ എന്ന് പറഞ്ഞത് ആ സ്ഥിതി വിട്ട് മനസ്സ് ചലിക്കുമ്പോൾ അഗെയിൻ ലൈക്ക് ഐ കമ്പാക്ട് ദ ഇൻഡിവിജ്വൽ ലെവൽ വ്യക്തിബോധത്തിന്റെ മണ്ഡലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ പ്രകൃതിസ്ഥൻ ആവും സ്വസ്ഥനല്ല മലയാളത്തിലൊരു ചൊല്ലുണ്ട് ആളുപ്പ് സ്വസ്ഥമാണോ ചോദിക്കും സ്വസ്ഥമായോ ഒക്കെ കാര്യം കഴിഞ്ഞു എളുപ്പമായി പിന്നെ സ്വസ്ഥമാവാന്ന് വെച്ചാൽ താൻ തന്നിലിരിക്കലാണ് സ്വസ്ഥത അപ്പോ ശരിയായ വിശ്രാന്തിയാണ് ആ വിശ്രാന്തി നമുക്കില്ല പ്രകൃതിയിൽ സ്വസ്ഥതയില്ല പ്രകൃതിയിൽ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും പ്രളയകാലത്തും ഒക്കെ പ്രവൃത്തിയുണ്ട് प्रकृति प्रवृत्ति स्वरूपिणी कर्मस्वरूपिणिया प्रवृत्तिमा विश्रांति स्वस्थता पर स्वरूप नाम यथार्थ स्थित अोदिपान गुरव शास्त्रवे आज प्रकृति प्रवर्तनम तेने बाधी के लिए प्रकृति सदा प्रवर्ति ताना प्रकृतिस्थन स्वस्थन അങ്ങനെയുള്ള ജ്ഞാനി എന്തൊക്കെ തന്നെ ചെയ്താലും അയാൾ ഒന്നും ചെയ്യണില്ല എന്ന് വെച്ചാൽ അസഭ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യണില്ല എന്ന് പറയില്ല അത് അടി കൊടുക്കേണ്ട കുഴപ്പമാണ് സാധനാദശയിൽ തന്നെ ജ്ഞാനിയിൽ ധർമ്മനിഷ്ഠ പോകും സാധനാദശയിൽ തന്നെ ധർമ്മനിഷ്ഠ വന്നുപോയ ജ്ഞാനിക്ക് സിദ്ധനായ ശേഷം ഇനി അയാൾ അധർമ്മം ചെയ്യുമെന്ന് ശങ്കിക്കേണ്ട ആവശ്യമേയില്ല ആ പ്രകൃതി സ്വതവേ സഹജമായി ധർമ്മനിഷ്ഠമായിട്ട് തീരും ജ്ഞാനി സ്വരൂപസ്ഥിതനുമായിട്ട് തീരും आ स्वूपस्थि मोक्षम पर हित्वा अथा भाव स्वरूपेण अवस्थि तानावचु वेश अच्छु पल वेश कंगी त्याशीवोह वेशदीपिता सत्स्वभावो वस्तु केवल वेशहानत സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത വേഷഹാനത വേഷം അയച്ചുവെച്ചാൽ ഈശ്വരനെ ഉള്ളു പുറമേക്കുള്ള തൊണ്ട് നീക്കിയാൽ ഉള്ളിൽ പൂർണ്ണമായ വസ്തുവേ ഉള്ളൂ ആ സത്തയെ തന്നിൽ അനുഭവിച്ചാല് സർവതാ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും വ്യവഹരിച്ചുകൊണ്ടിരുന്നാലും അയാളൊന്നും ചെയ്യുന്നില്ല അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത് നോക്കാം ुषम्ह प्रकृति गुण ते प्रकृति अ ആ പുരുഷൻ അദ്വൈതജ്ഞാനത്തിൽ പ്രതിഷ്ഠിതനാവും എങ്ങനെയെന്ന് വെച്ചാൽ സമുദ്രത്തിൽ അലകൾ ഉണ്ടാവുന്നു കുമലകൾ ഉണ്ടാവുന്നു നുരയും പതയും ഒക്കെ ഉണ്ടാവുന്നു ഇത് അലയാണ് ഇത് കുമലയാണ് ഇത് നുരയാണ് ഇത് പതയാണ് ഇത് ശംഖാണ് ഇത് ജലജന്തുക്കളാണ് എന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് പിരിക്കും അതിൽ ജലം എന്നുള്ള ഒരു എലമെന്റിനെ നോക്കുമ്പോൾ സമുദ്രം എന്ന് നോക്കുമ്പോൾ സമുദ്രം അല കുമിള ഒക്കെ വരെ വേറെ നിൽക്കുന്നു ജലമെന്ന് നോക്കുമ്പോ സമുദ്രവും ജലമാണ് അലയും ജലമാണ് കുമിളയും ജലമാണ് നൊരയും പതയും ജലമാണ് അതിനകത്തുള്ള ശംഖും മറ്റു വസ്തുക്കളും ഒക്കെ പോലും ജലമാണ് ജലമെന്ന് നോക്കുമ്പോ രണ്ടാമതൊരു എലമെന്റ് അവിടെയില്ല സലിലെ ഏകോ ദ്രഷ്ട അദ്വൈതോ ഭവതി സലില ഏകോദ അദ്വൈതോ ഭവതി എന്ന് ശ്രുതി വെണ്ണമെന്ന് മാത്രം കാണുന്നവൻ അദ്വൈതനിഷ്ഠനായിട്ട് തീരും അലയാണെന്നും കുമളയാണെന്നും സമുദ്രമാണെന്നും ഒക്കെ കാണുമ്പോൾ ഭേദബുദ്ധിയുണ്ട് അതേപോലെ ക്ഷേത്രജ്ഞനിൽ നിന്നും പൊന്തി വന്നിരിക്കുന്ന ഈ ക്ഷേത്രം ക്ഷേത്രജ്ഞനിൽ തന്നെയാണ് നിൽക്കുന്നതും അനേക നാമരൂപങ്ങളോടുകൂടെ കാണുന്ന പ്രപഞ്ചത്തിന് സിദ്ധൻ എങ്ങനെ കാണുന്നു നമ്മളിലോക്ക് ലക്ഷ്യസ്ഥാനമാണത് षेत्रेत्रज्ञने श्रद्धलज्ञन या अुभव तम स्वरूप अन्वेषि तन भगवत्स्वरूप साक्षात् शेष वी इंद्रिये मन लोक मंडल वो േഹ പുരുഷ പരപുരുഷസ്ത്ര പരമാത്മേതി ഉദാഹത വക്ഷ്യമാണ് ജഗത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് തന്റെ ഉള്ളിൽ ഏതൊരു ചൈതന്യത്തിനെ കണ്ടോ ആത്മാവിനെ കണ്ടോ ആ ആത്മവസ്തു തന്നെയാണ് ജഗത്തിൽ പല നാമരൂപങ്ങളോടുകൂടെ നിൽക്കണം സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും ആകാശമായിട്ടും ഭൂമിയായിട്ടും ജലമായിട്ടും ഒക്കെ താൻ ഉള്ളിൽ കണ്ട വസ്തു ഇത് ബോധദർശനമാണ് ബുദ്ധി കൊണ്ടുള്ള അറിവ് ദർശനമല്ല അതുകൊണ്ട് ആദ്യം ആത്മസാക്ഷാത്കാരത്തിന് പ്രാമുഖ്യം കൊടുക്കണം തന്നിൽ വസ്തുവിനെ കാണുകയാണ് പ്രധാനം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അധ്യായത്തിൽ ജ്യോതിഷാധിപത്യ ജോലി എന്നുള്ളതാണ് പ്രധാനം എസ് എൻസ് അവരാണ് തന്നിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കണം ചിത്രവൃത്തി നിരോധനം ചെയ്യണം അതിനെന്തെങ്കിലും നമുക്ക് സാധന അനുഷ്ഠിക്കണം ഒക്കെ വേണം എന്തിനാ ഇതൊക്കെ തന്റെ ഉള്ളിലുള്ള മറവാനാണ് നിത്യനിരന്തരമായി സാധനാനുഷ്ഠാനം വേണം ചിത്തവൃത്തികൾ മനസ്സിൽ അനന്തമായി തോന്നിക്കൊണ്ടേയിരിക്കുന്നു ചിത്തവൃത്തികൾ കുറയും തോറും ശാന്തി ഉണ്ടാവും ചിത്തവൃത്തികൾ കുറയും തോറും ശാന്തിയുണ്ടാവും നിശേഷം ചിത്തവൃത്തികൾ ഇല്ലാതെ ആകുമ്പോ ഉറങ്ങിപ്പോവില്ല ബോധപൂർവമാണ് ചിത്തവൃത്തി നിരോധം ചെയ്യണത് അതുകൊണ്ട് സ്വരൂപേ അവസ്ഥാനം ഭവതി തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം ദ്രഷ്ടാവ് തന്നിലിരിക്കും എന്ന് വെച്ചാൽ സച്ചിദാനന്ദ്ര തന്നിൽ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി തന്നിലിരിക്കും സാധനയുടെ ഒക്കെ ലക്ഷ്യമാണ് ചിത്തവൃത്തി നിരോധത്തിലാണ് നാമജപം പോലും നമ്മൾ ചെയ്യുന്നത് അനേക മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഭഗവാന്റെ നാമത്തിൽ നിർത്തിക്കൊണ്ടേയിരിക്കുന്നു ജപിച്ചുകൊണ്ടേയിരിക്കുന്നു ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ മനസ്സ് അനേക ചിത്തവൃത്തികളായി പിരിയുന്നത് പോയി ഏകചിന്തനാത്തൊരു നാശമെത്യത ഒരേ വസ്തുവിൽ നിന്ന് പതുക്കെ പതുക്കെ പതുക്കെ ബാക്കിയുള്ള ചിത്തവൃത്തികളിലേക്ക് അലയുന്നതൊക്കെ നിൽക്കും അവസാനം ഈ ഒരു ചിത്തവൃത്തിയും താനെ അടങ്ങുമ്പോ സ്വരൂപദർശനം ഉണ്ടാവും ആ സ്വരൂപദർശനം ഉണ്ടായ ശേഷം വീണ്ടും ചിത്തവൃത്തികൾ ഒതുക്കുകയും ജ്ഞാനികളൊക്കെ വ്യവഹാരം ചെയ്യേണ്ടല്ലോ ലോകത്തിലെ അപ്പൊ അവർക്കും ചിത്തവൃത്തികൾ ഉണ്ടാവണമല്ലോ ചിത്തവൃത്തികൾ ഒതുക്കുകയും ലോകത്തിലേക്ക് ആരോഗ്യമൊക്കെ ചെയ്യുമ്പോ താൻ നിശ്ചലമായ സമാധി ദശയിൽ തന്റെ അകത്ത് തന്നിൽ എന്തൊരു വസ്തുവിനെ കണ്ടുവോ ആ വസ്തു തന്നെ പുറമെയുള്ള പ്രപഞ്ചത്തിൽ ഊടും പാവം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാനും ദർശിക്കുന്നു അതാണ് സർവം ഖലു ഇതം ബ്രഹ്മ തജ്ജലാങ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് തന്നെ ജനിക്കുന്നു നിൽക്കുന്നു അതിൽ ലയിക്കുന്നു പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഇത് വെറും സ്റ്റേറ്റ്മെന്റ് അല്ല അതുകൊണ്ട് ഇതിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിച്ച് അത് വഴിപഴച്ച് പോവും ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് അതൊരു സ്ഥിതിയാണ് ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് കാണണം അല്ലാതെ വെറുതെ എല്ലാം ബ്രഹ്മമാണ് ഞാൻ എന്ത് ചെയ്താൽ എന്താണോ എന്ന് പറഞ്ഞാൽ കുഴപ്പമാവും ഇത് അതുകൊണ്ടാണ് അദ്വൈതം ഭാവത്തിലാണ് ക്രിയയിലല്ല അദ്വൈതത്തിന് ക്രിയയിൽ കൊണ്ടുവന്നാൽ കുഴപ്പമേ പറ്റുകയുള്ളൂ ഭാവാദ്വൈതം സദാ കുര്യാ ക്രിയാദ്വൈതം നഗർ അദ്വൈതത്തിനെ ഭാവത്തിൽ വെച്ചുകൊള്ളുക ക്രിയയിൽ കൊണ്ടുവരരുത് എന്നാണ് ഭാവത്തിൽ വയ്ക്കുന്നത് എന്തിനാണ് പുറം ലോകത്തിൽ നിന്ന് ചുരുക്കത്തിൽ അദ്വൈതജ്ഞാനം യോഗ ചിത്തവൃത്തി നിരോധം ഉണ്ടാക്കാനാണ് ചിത്തവൃത്തി നിരോധം അദ്വൈതജ്ഞാനത്തിലാണ് എല്ലാം പരസ്പര പൂരകങ്ങളാണ് ജഗത്തിൽ രണ്ടാമതൊരു വസ്തുവില്ലെന്നും ഒക്കെ ഭഗവത് സ്വരൂപമാണെന്നും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ രാഗം ദോഷമൊന്നും ഉണ്ടാവില്ല എന്റെ മനസ്സ് പുറത്ത് വ്യവഹരിക്കില്ല വാസനകളെ ശേഖരിക്കില്ല നിശ്ചലതയുണ്ടാവും ശാന്തിയുണ്ടാവും യോഗ ചിത്തവൃത്തി നിരോധ നിരോധമുണ്ടാവും ചിത്തവൃത്തികൾ ഉണ്ടാവും തോറും എനർജി വേസ്റ്റാണ് ചിന്തിക്കും തോറും ചിന്താദഹതി ജീവിതം ചിന്തയ്ക്കും ചിതയ്ക്കും ബിന്ദുമാത്രം വിശേഷണം എന്നാണ് ചിതയ്ക്കും ചിന്തയ്ക്കും എത്ര വ്യത്യാസമുണ്ട് എന്നൊരു അക്ഷരവേ വ്യത്യാസമുണ്ട് ചിതയാണെങ്കിൽ ചത്തുമായിട്ടേ ദഹിപ്പിക്കുകയുള്ളൂ ചിന്ത കോൺസ്റ്റന്റ് ബേണിംഗാണ് ചിന്തകളെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവരിക പ്രബലമായ വികാരങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നും അകന്നിരിക്കുക കഴിയുന്നതും ചിത്തവൃത്തികൾ കുറഞ്ഞാൽ സമാധാനം ശാന്തിയുണ്ടാവും നമ്മൾ മനസ്സമാധാനം എന്ന് പറയുന്നു തെറ്റായ വാക്കാണത് സമാധാനമുള്ള സ്ഥലത്ത് മനസ്സില്ല മനസ്സുള്ള സ്ഥലത്ത് സമാധാനമല്ല മനസ്സ് എന്ന് വെച്ചാൽ ചിത്രവൃത്തികളാണ് ചിത്തവൃത്തികൾ കുറേന്തോറും സൈലൻസ് ഉണ്ടാവും നിശ്ചലത ഉണ്ടാവും നിശ്ചലത നമ്മളുടെ സ്വരൂപമാണ് അതിൽ ചിത്തവൃത്തികൾ ഉണ്ടാവുമ്പോൾ മനസ്സുദിച്ചു മനസ്സുദിക്കുമ്പോൾ പ്രകൃതി പൊന്തി പ്രകൃതി പൊന്തി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് വീഴും അതിനകത്ത് വിണുകഴിഞ്ഞാൽ സംസാരമായിട്ടും അപ്പൊ ഏവം വേട്ടി പുരുഷൻ പ്രകൃതിച്ച ഗുണസഹ ഇവിടെ പ്രകൃതിയും പുരുഷനും ഒക്കെ തന്നെ സർവേശ്വരന്റെ സ്വരൂപമായി ഒരുത്തൻ കാണുമ്പോൾ രണ്ടില്ലാത്ത ദർശമനം അവനുണ്ടാവുമ്പോൾ അവൻ എന്തൊക്കെ തന്നെ പ്രവർത്തിച്ചാലും വ്യവഹരിച്ചാലും ഇറ്റ്സ് ഓൺലി മൂവ്മെന്റ് ഇൻ ലൈറ്റ് നോട്ട് ഇൻ ഡാർക്ക്നെസ് ചലനം മുഴുവൻ അലൗകികമായ ചലനമാണ് അവിടെ രണ്ടില്ല അയാൾക്ക് രണ്ടാമതൊരു വസ്തുല്ല അയാൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും സങ്കൽപ്പിക്കുന്നതും ഒക്കെ ചൈതന്യത്തിന്റെ പ്രകാശത്തിലാണ് പിന്നെ എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്ന അയാളല്ല ജീവൻ മുക്തന്റെ പ്രവൃത്തി അയാളുടെ പ്രവൃത്തിയല്ല അത് ശുദ്ധ പ്രകൃതിയുടെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഭഗവത് സങ്കല്പത്തിന്റെ പ്രവൃത്തിയാണ് അതിങ്ങനെ ആശ്ചര്യമായി ആ ശരീരം കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കും ഞാനിത് നടക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അത് ആവശ്യം കഴിഞ്ഞാൽ അവിടെ വീഴുന്നേഴും ശരീരം അതുകൊണ്ട് അയാൾ പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കാത്തവനാണ് സ്വപ്ന സ്വപ്നാതഥോത്ഥിത ദേഹത്തിൽ ഇരിക്കുമ്പോഴും അയാൾക്ക് ദേഹമില്ല എന്നാണ് ആ സ്ഥിതി വന്നാലേ അയാൾക്ക് ജീവൻ മുക്തൻ എന്ന് പറയാവും വിദേഹമുക്തനാണ് അയാൾ ഒരു വിധത്തിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ അശരീരം വാവസന്തം എന്ന പ്രിയാപ്രിയേ സ്പൃശത ശരീരമില്ലായ്മയെ അനുഭവിക്കുന്നു ശരീരമിരിക്കുമ്പോൾ തന്നെ സ്വയം ആകാശം പോലെ സർവവ്യാപിയായി തീർന്നിരിക്കുന്നു ആ അനുഭവത്തിനെ സാധാരണ ആളുകൾക്ക് ഊഹിക്കാൻ പോലും സാധ്യല്ല രമണഭഗവാൻ പറഞ്ഞു തസ്യസ്ഥിതി ഭാവയുത്തും ക്ഷമക്ക ജീവൻ മുക്തനായ ഒരു ജ്ഞാനിയുടെ ഉള്ളിലുള്ള അനുഭവത്തിനെ ഊഹിക്കാൻ പോലും സാധാരണ ആളുകൾക്ക് സാധ്യമല്ല ഊഹിക്കാൻ പോലും സാധ്യമല്ല കാരണം അയാള് അല്പമായ ശരീരമേ അല്ല രമണ പലരും പറയും ഭഗവാനെ ഈ ശരീരത്തിനിങ്ങനെ മഹാവ്യാധി വന്നിരിക്കണമല്ലോ അന്ന് ഒന്ന് സങ്കൽപ്പിച്ചാൽ മതി ഈ ശരീരത്തിന്റെ വ്യാധി മാറും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സങ്കൽപ്പിക്കണം അപ്പൊ മഹർഷി പറഞ്ഞത് ഞാൻ സങ്കൽപ്പിക്കണമെങ്കിൽ ആദ്യം എനിക്കൊരു ശരീരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം പിന്നെ അതിലൊരു കൈയുണ്ട് സങ്കൽപ്പിക്കണം ആ കയ്യിലൊരു വ്യാധി വന്നിരിക്കണമെന്ന് സങ്കൽപ്പിക്കണം ആ വ്യാധി മാറണില്ലെന്ന് സങ്കൽപ്പിക്കണം ഇത്രയും സങ്കൽപ്പിക്കാൻ ഞാനൊരു മനസ്സിനെവിടെ പോകും ശ്രീരാമകൃഷ്ണദേവന്റെ ലൈഫിലും ഇതുപോലെ ഉണ്ടായി അദ്ദേഹം ഭക്തിഭാവത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ വിധത്തിലായി തീർന്നു എന്ന് മാത്രം ശിഷ്യന്മാരൊക്കെ പറഞ്ഞു അങ്ങ് എപ്പോഴും അമ്മയുടെ അടുത്ത് സംസാരിക്കണമല്ലോ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അടുത്തൊന്ന് പറയൂ ഈ ശരീരത്തിന്റെ വ്യാധി മാറ്റിത്തരണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേക്ക് വേണ്ടി പറയണ്ട അദ്ദേഹം അമ്മയുടെ അടുത്ത് എന്നൊക്കെ പറയുമ്പോ തന്റെ തന്നെ അന്തര്യാമിയാണ് കാളി അദ്ദേഹം സംസാരിച്ച കാളിയൊന്നും ആ വിഗ്രഹമൊന്നുമല്ല ആ വിഗ്രഹം സംസാരിക്കുന്നത് വേറെ ആരും കണ്ടിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമാണ് സംസാരിച്ചത് അപ്പൊ ഉള്ളിലുള്ള ആ വസ്തു തന്നെയാണ് അപ്പൊ അമ്മയുടെ അടുത്ത് പറയൂ എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് വിവേകാനന്ദ സ്വാമിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ദുഷ്ടം എന്നെ കാരണം എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് ചീത്ത കിട്ടും അമ്മ പറഞ്ഞു എല്ലാ ശരീരത്തിലൂടെയും അതായത് ഇവർ ചോദിക്കാൻ പറഞ്ഞത് തൊണ്ടയ്ക്ക് ക്യാൻസർ ആണല്ലോ ഭക്ഷണം കഴിക്കാൻ പറയും അപ്പൊ ഒരു ഭക്ഷണം കഴിക്കാനൊന്നാക്കി തരാൻ വേണ്ടി അമ്മയടുത്ത് പ്രാർത്ഥിക്കാൻ പാടില്ലേ എന്നാണ് പറഞ്ഞത് അപ്പോ ആണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത് എല്ലാ ശരീരത്തിലൂടെയും നീ ഭക്ഷണം കഴിക്കണമല്ലോ അതുപോലെയോ ഈ ഒരു ശരീരത്തിൽ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് നിനക്ക് എല്ലാ ശരീരത്തിലൂടെയും ഭക്ഷണം കഴിക്കണത് പോലെ ഈ ഒരു ശരീരത്തിൽ കൂടെ കഴിക്കണമെന്ന് അമ്മ ചോദിച്ചത്രെ എന്ന് വെച്ചാൽ എല്ലാ ശരീരവും തന്റെ ശരീരമാണ് അല്ലെങ്കിൽ തനിക്ക് പ്രത്യേകിച്ചൊരു ശരീരമില്ല എന്നുള്ള തന്റെ യോഗസ്ഥിതി ഭക്തിയുടെ ഭാവത്തിലെടുത്തപ്പോ ആ രീതിയിലായി ഉള്ളൂ ഇതൊക്കെ തന്നെ ലാംഗ്വേജിന് വരുമ്പോഴും എക്സ്പ്രഷനിൽ വരുമ്പോഴും ഒക്കെ മാറണമെന്നല്ലാതെ ജ്ഞാനത്തിനും ഭക്തിക്കൊന്നും അനുഭൂതി മണ്ഡലത്തിൽ വ്യത്യാസമല്ല അവിടെ പ്രകൃതിക്കും പുരുഷനും തമ്മിലുള്ള ഭേദത്തിനെയും അലൗകികമായ മണ്ഡലത്തിൽ ഐക്യത്തിനെയും കണ്ടുകഴിയുമ്പോൾ സർവതാവർത്തമാനോപി നസഭൂയോപി ജായത്തെ അയാൾ അതിനുശേഷം എന്തൊക്കെ വ്യവഹരിച്ചാലും അയാളിൽ പുതിയതായിട്ട് കർമ്മസങ്കൽപ്പങ്ങളൊന്നും ഉണ്ടാവുകയോ അത് കാരണം പുനർജനനം ഉണ്ടാവുകയോ ചെയ്യാം പിന്നീട് ജ്ഞാനനിഷ്ഠന്റെ പ്രവൃത്തിക്ക് അതൊക്കെ തന്നെ വെന്തുപോയ നെല്ലുപോലെയാണ് അതിട്ടാൽ മുളയ്ക്കില്ല നസഭൂയോഭിജായ എന്ന് പറഞ്ഞു അപ്പോ ഈ ആത്മദർശനത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ഉപായങ്ങളും വഴികളും ഒക്കെ ഉണ്ടോ എന്തൊക്കെ വഴികളാണോ ഉള്ളത് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം അന്യേ സാഖ്യേന യോേന കർമ്മേനേ അന്യേ േമ്യ ഉപാസരെ തേ ബിചാരിതന്വ മൃത്ു ശ്രുതി പരാ ധ്യാന आत्मनि पश्य आत्मान आत्मन के कर्मयोगे चपरे ध्यान ध्यान नाम शब्दिभ्यो विषयभ्य श्रोत्रदीन करणी मनसी उपसंहृत मन प्रत्यक्षेतरीकाग्रतयाचित तत्नम എന്താണ് ധ്യാനം എന്ന് ആചാര്യസ്വാമികൾ പറയാം ധ്യാനം ക്ലാസ് മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ പല സ്ഥലത്തും നടക്കണം എന്നാലും ഇവിടെ ഭഗവാൻ ധ്യാനം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ശ്രീശങ്കറിന്റെ വ്യാഖ്യാനമാണ് ധ്യാനേന ധ്യാനം നാമ ധ്യാനം എന്ന് വെച്ചാൽ എന്താ ശബ്ദാദിഭ്യഹ വിഷയേഭ്യഹ ശബ്ദസ്പർശ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുകയാണ് ഉപസംഹൃത്യ പ്രത്യക്ഷേതയറി ഏകാഗ്രതയാ യിന്തനം സ്ഥാപനം അറി അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തുമുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരേ വീണു വണങ്ങി ഓതിടേണം അതായത് ഇവിടെ ധ്യാനം എന്നുള്ളതുകൊണ്ട് കണ്ണടച്ചാൽ രൂപമാണ് മുഖ്യം നമുക്കിപ്പോ ശബ്ദം കേൾക്കാത്ത ഒരു സ്ഥലത്തിരിക്കാം കണ്ണടച്ചിരുന്നാൽ വിഷയങ്ങളൊക്കെ മനസ്സിൽ കളിക്കും പുറമേക്ക് കണ്ണു തുറന്ന് മനസ്സിൽ അനേക രൂപങ്ങൾ ചിത്തവൃത്തികൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും ആദ്യപടി ആത്മധ്യാനത്തിന് ചിത്തവൃത്തികളെ വരാൻ അനുവദിക്കുകയും മാറി നിന്ന് കാണുകയുമാണ് സമയം കിട്ടുമ്പോൾ ആദ്യപടി അങ്ങനെയാണ് ചിത്തവൃത്തികൾ വരട്ടെ വിട്ടുനിന്ന് ചിത്തവൃത്തികളെ കാണുന്നു എന്ത് ചിത്തവൃത്തിയാണെങ്കിലും ഇത് ചിത്തവൃത്തിയാണ് ഞാൻ കാണുന്നവനാണ് ആദ്യപടിയായി അങ്ങനെ പറയാം ഈ ചിത്തവൃത്തികളൊക്കെ ഞാൻ കാണുന്നു കോപം വരുന്നു കോപത്തിനെ ഞാൻ കാണുന്നു കാമം വരുന്നു കാമത്തിനെ ഞാൻ കാണുന്നു അസൂയ വരുന്നു അസൂയയെ ഞാൻ കാണുന്നു ഇഷ്ടം തോന്നുന്നു ഇഷ്ടത്തിനെ ഞാൻ കാണുന്നു എല്ലാത്തിനും സാക്ഷിയാണ് താൻ തന്നിൽ തന്നെ മാറി നിന്ന് അതിനെ കാണാൻ പഠിക്കാം എന്തൊക്കെ വിചാരം വരുമ്പോഴും ആ വിചാരം വേറെ ഞാൻ വേറെ ആ വിചാരങ്ങളിലൊക്കെ മാറി നിന്ന് കാണാം അടുത്തപടി വിചാരങ്ങൾ വരുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കാതെ വിചാരങ്ങളൊക്കെ ആർക്ക് വരുന്നു എന്ന് ശ്രദ്ധിക്കാം ഓരോ വിചാരങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ ഉള്ളിൽ ചോദിക്കാം ഈ വിചാരം ആർക്ക് വരുന്നു ചിന്തിക്കുന്ന ആളാരാണ് പലപ്പോഴും വിചാരങ്ങൾ പ്രബല വിചാരങ്ങൾ വരുമ്പോ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ധ്യാനം വേണമെന്ന് തോന്നിയാലും വേണ്ടില്ല ഈ തോന്നുന്നവൻ ആരാണ് ഈ ധ്യാനിക്കാൻ ഈ ശരീരത്തിലിവിടെ ഇരിക്കുന്നവൻ ആരാണ് അല്ലെങ്കിൽ വെറുതെ ഇരിക്കാം വെറുതെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ആരായി ശബ്ദം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ആ സെന്ററിനെ ശ്രദ്ധിക്കാം നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ കുറ്റം പറയുമ്പോൾ ഞാൻ എന്ന് തോന്നും ഈ ഞാൻ എവിടെ ഉദിക്കണോ എന്ന് ശ്രദ്ധിക്കാം നിത്യ നിരന്തരം ഞാൻ എന്നുള്ളത് എവിടെ ഒതിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സ് അതിന്റെ പിറപ്പിടത്തിലേക്ക് പോവും ഞാനെന്ന് അഹങ്കാരവൃത്തി ഉദിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ശ്വാസവും ഉദ്ഭവിക്കുന്നത് അഹങ്കാരവൃത്തി അടങ്ങുമ്പോ ശ്വാസവും അടങ്ങും പ്രാണായാമൊന്നും ആവശ്യമില്ല തനിയടങ്ങും ഞാൻ എവിടെ ഇത് വെറിയൊരു ഇന്റലക്ച്വൽ റിക്വസ്റ്റെന്നല്ല നമ്മളുടെ സെന്ററാണ് സെന്റർ ഓഫ് അവർ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ധ്യാനിക്കാതിരിക്കുമ്പോഴോ നിശ്ചലമായിട്ട് ഇരിക്കുമ്പോഴോ എന്താണ് ഞാൻ ഞാനെന്ന് പറയണത് ആനാണ് അനേക ആഗ്രഹങ്ങളും വിഷമങ്ങളും ജീവിത പ്രശ്നങ്ങളും ഒക്കെ എനിക്കുണ്ടല്ലോ ഇതൊക്കെ ആർക്കാണ് ആരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് എന്നെ ബാധിക്കണം ഈ ഞാൻ എന്താണ് ഞാൻ എവിടെ ഉദിക്കണം ഈ ഞാൻ എന്നുള്ളത് എവിടെ ചെന്ന് ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് ഉദിക്കുന്ന സ്ഥലത്തെ ലയിക്കും മനസ്സിന് അതിന്റെ പിറപ്പിടത്തിൽ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ നേരെ നിന്നാൽ തന്നെ ശക്തി ഉണ്ടാവും അങ്ങനെ വീണ്ടും വീണ്ടും അഭ്യസിച്ച് ത് ഉദിക്കാതെ എത്ര നേരം ഇരിക്കാൻ കഴിയുമോ അതിന് സത്യസ്ഥിതി ആത്മസ്ഥിതി എന്ന് പേര് ഭാഗവതത്തിൽ നിരഹം പ്രപദ്ഗേ എന്ന് പറഞ്ഞു പഞ്ചമസ്കന്ധത്തിൽ അഹമെന്ന വൃത്തി ഉദിക്കാത്ത സ്ഥിതി അല്പം പോലും ഉദിക്കാത്ത സ്ഥിതി തന്നെയാണ് ആത്മസാക്ഷാത്കാരം അത് ജീവൻ മുക്തി അത് തന്നെയാണ് ശരണാഗതി ഭാഷയിൽ ശരണാഗതി പ്രപത്തി എന്ന് പറയുന്നത് ഇത് ശാസ്ത്രീയമായി പറയുമ്പോൾ അഴമയ്ക്ക് സംഭവിക്കുന്ന ഇതാണ് ഞാൻ എന്ന വ്യക്തിബോധം ജീവബോധം ഒതുക്കണില്ല അപ്പൊ എന്താവും ബാക്കി എന്തുണ്ടോ അതിനാണ് ഒരു ആചാര്യസ്വാമികൾ പ്രത്യക്ഷേതസ് പ്രത്യക്ഷേതരി പ്രത്യക്ഷൈതന്യം എന്ന് പറഞ്ഞത് ആ പ്രത്യക്ഷൈതന്യത്തിൽ സാക്ഷിയിൽ ഇരിപ്പിടത്തൽ നിശ്ചലതയിൽ എത്ര നേരം സാധിക്കുമോ അത്രയും നേരം ചുമ്മാരിക്കാം അവിടെ ആരാരെ കാണുന്നു ആത്മാനം ആത്മന അതാണ് ഭഗവാൻ പറഞ്ഞത് ധ്യാനേന ആത്മനി പശ്യന്തി കേജിത് ചില ആളുകൾ അതിന് യോഗ്യതയുള്ളവർ ധ്യാനമാർഗത്തിനെ ആശ്രയിച്ച് തന്നെ തന്നെ തന്റെ സ്വരൂപം കൊണ്ടുതന്നെ കാണുന്നു ഇനി ധ്യാനം വേറൊരു വിധത്തിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല എന്നൊക്കെ മാറ്റിയിട്ട് ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ആത്മാവാണ് എനിക്ക് ജനനമില്ല മരണമില്ല യാതൊരു കളങ്കവും എന്നെ ബാധിക്കില്ല എനിക്ക് യാതൊരു ദുഃഖവുമില്ല എനിക്ക് ഭയമില്ല അഭയമേയ സ്വരൂപമായ ബ്രഹ്മമാണ് ഞാൻ ആകാശം പോലെ ഉള്ളും പുറവും നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ചൈതന്യമാണ് ഞാൻ എന്നിൽ ഒരു കളങ്കവുമില്ല ശിവമാണ് ഞാൻ ജ്ഞാനമാണ് ആത്മാവാണ് ബ്രഹ്മമാണ് എന്ന് നിത്യ നിരന്തരം മനസ്സിൽ മറ്റൊരു ചിത്തവൃത്തിയും വരാൻ അനുവദിക്കാതെ പ്രബലമായി ഇതിനെ കൊണ്ടുവന്ന് ഇതിനെ ചിതിമജ്ജനം ഇത് മനനരൂപത്തിലുള്ള ധ്യാനമാണ് അങ്ങനെയാവുമ്പോഴും മറ്റു വിചാരണങ്ങളൊന്നും വരാൻ അനുവദിക്കാതെ ഞാൻ ബ്രഹ്മമാണെന്നും ശരീരമല്ലെന്നും ഈ ദേഹം ഞാനല്ലെന്നും ഞാൻ അഖണ്ഡമായ വസ്തുവാണെന്നും ആകാശം പോലെ നിർമ്മലമായ വസ്തുവാണെന്നും പലവിധത്തിലും ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സനേക ചിത്തവൃത്തികളായി പോണതൊക്കെ നിന്ന് അവസാനം നിശ്ചലമാവും തന്റെ വ്യക്തിത്വവും വിട്ട് ധ്യാനിക്കുന്ന ആളും ഇല്ലാതായി നിശ്ചയമാവും ഇതൊക്കെ ധ്യാനയോഗം മറ്റൊരു മാർഗമുണ്ട് സാഖ്യേന യോഗേന അന്യേഖ്യോ സാങ്കും നമ ഇമേ സത്വരജസ്തമാംസി ഗുണ മയാ ദൃശ്യ അഹും തേവ്യവ്യാപാരസാക്ഷിഭൂത നിത്യ ഗുണവിലക്ഷണ ആത്മാ ഇപ്പൊ പറഞ്ഞത് തന്നെ സാഖ്യയോഗം ധ്യാനോകളുള്ള ചില തന്നെ ഞാൻ സാങ്കേ്യത്തിന് പറഞ്ഞു ചിത്രത്തിൽ വരുന്ന വൃത്തികളൊക്കെ ഞാൻ സാക്ഷിയാണ് എന്ന് ഉറപ്പിച്ച് കാണുന്നതും വിചാരം ചെയ്യുന്നതും സാഖ്യമാർഗം ഞാൻ ആത്മാവാണെന്നും ശുദ്ധ വസ്തുവാണെന്നും പലർക്കും ആദ്യം അത് ഗുണം ചെയ്യും മനസ്സിൽ ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ വരുമ്പോ ഞാൻ മഹാഭാവിയാണെന്ന് തോന്നും നമുക്ക് എത്ര ചിത്തവൃത്തികൾ വരുന്നു വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരുന്നു മരണത്തിനെക്കുറിച്ച് ഭയം വരുന്നു അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വായണമെന്ന് അവൻ ചോദിക്കുമോ എന്തൊക്കെ ചെയ്യട്ടെ ഉള്ളുകൊണ്ട് ഞാൻ ശുദ്ധ വസ്തുവാണ് യാതൊരു കളങ്കവും എന്നെ ബാധിക്കില്ല ഞാൻ ആത്മസ്വരൂപിയാണ് അല്ലെങ്കിൽ ഭഗവത് സ്വരൂപിയാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭക്തിയുടെ ഭാവത്തിലും ധ്യാനിക്കാം അദ്വൈത ജ്ഞാനത്തിനെ ഭക്തിയുടെ ഭാവം കലർത്തി വരണമെങ്കിൽ ഒക്കെ ഭഗവാനാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാനില്ല ജഗത്തില്ല ഒക്കെ ഭഗവത് സ്വരൂപമാണ് എന്ത് വിഷയങ്ങൾ ഉള്ളിൽ വരണോ വിഷയങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് വരുന്നത് ശുദ്ധമായ വസ്തുവാണ് ഞാൻ യാതൊരു അശബ്ദവും എന്നെ സ്പർശിക്കില്ല ഭയമെന്നുള്ളത് രണ്ടെന്നോ ഉണ്ടെങ്കിലല്ലേ രണ്ടാമതൊരു വസ്തുവില്ല അഭയമേയ ഞാൻ എന്നൊക്കെ പറഞ്ഞ് തീവ്രമായിട്ടങ്ങോട് സങ്കൽപ്പിക്കുക സങ്കൽപ്പിച്ചാൽ നടക്കുമെന്ന് വെച്ചാൽ ഇല്ലാത്തതൊക്കെ സങ്കല്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു ഉള്ളത് സങ്കൽപ്പിച്ചാൽ ഉണ്ടാവല്ലേ ഇല്ലാത്ത ശരീരം സങ്കൽപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു ഇല്ലാത്ത പ്രപഞ്ചം സങ്കൽപ്പിച്ച് കാണുന്നു ഉള്ളത് സങ്കൽപ്പിച്ചാവല്ലേ സത്യത്തിനെ അംഗീകരിച്ച് സങ്കൽപ്പിക്കുക ചിലർ ചോദിക്കുമ്പോൾ ചോദിച്ചു സെൽഫ് ഇപ്പണോസിസ് ആണോ എന്നാണ് നമ്മൾ ഓൾറെഡി ഇപ്പണോസിസിലാകണം അത് നിന്ന് ഉണർത്താനാണോ നമുക്ക് നമ്മളുടെ സ്വരൂപം മറന്നു പോയിരിക്കണോ എന്നല്ല നമ്മുടെ മാഷം പറയേണ്ടായിരുന്നു ഒരാൾക്ക് തോന്നിയത്ര താൻ പുഴുവാണ് തോന്നിയത്ര അങ്ങനെ സൂക്കർ പിടിക്കുമെന്ന് അറിയില്ല ചിലപ്പോ പിടിച്ചാലും പിടിക്കാം താൻ പുഴുവാണ് എന്ന് തോന്നിയെന്നാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ കോഴിയെ കണ്ട പേടി അപ്പൊ അയാളോട് പറഞ്ഞു കൊടുത്തു നീ പുഴുവല്ല ഞാൻ മനുഷ്യനാണ് മനുഷ്യനാണോ ധ്യാനിക്കും കുറെ നേരം അയാൾ ഞാൻ മനുഷ്യനാണ് മനുഷ്യനാണ് സങ്കല്പിക്കും പിന്നെയും പുറത്തുപോയി ഓടിവരും അതെ അയാൾ പറഞ്ഞു കൊടുത്ത് ഞാൻ പുഴുവല്ല എന്ന് എനിക്കറിയാം പക്ഷെ കോഴിക്കറിയില്ലല്ലോ എന്നാണ് അത്ര കണ്ട് രൂഢമായി തീരുകയാണ് സങ്കല്പം അതിന് പ്രതിപക്ഷ ഭാവനം പതഞ്ജലി മഹറി പറയണത് വിതർക്ക ബാധനെ പ്രതിപക്ഷഭാവനം നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോ പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് ഒരു അറ്റാക്കാണ് അതിന്റെ മേലെ തേറ്റാമ്പറൽ പൊടിയിട്ടിട്ട് വെള്ളം ശുദ്ധമാക്കുന്ന പോലെ ഉള്ളിലുള്ള സങ്കല്പം നീക്കാൻ നിരന്തര സങ്കല്പം ഞാൻ ആത്മാവാണ് ശരീരമല്ല എനിക്ക് യാതൊരു ബന്ധവുമില്ല നിത്യശുദ്ധമായ വസ്തുവാണ് സ്വയം പ്രകാശമായ വസ്തുവാണ് അന്തർജ്യോതിഹി ബഹിർജ്യോതിഹി പ്രത്യക്ജ്യോതിഹി പരാത്പരം ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം ഉള്ളിലും പ്രകാശമാണ് പുറമേക്കും പ്രകാശമാണ് ധ്യാനത്തിന് അതിനെയൊക്കെ എടുത്തോളാം ഉദിക്കുന്ന ആദിത്യനെ കാണാം സുവർണവർണ്ണത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ധ്യാനം എളുപ്പാണ് ആ പ്രകാശത്തിന് തന്നിൽ ഭാവന ചെയ്യാം ഉള്ളിലും പുറമേക്കും അത് നിറഞ്ഞു നിൽക്കുന്നതായിട്ടും ആ പ്രകാശം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിൽ ജ്ഞാനോ പ്രപഞ്ചമോ ഒന്നുമില്ല ആ ശുദ്ധ സുവർണ പ്രകാശം സുവർണജ്യോതിപനിഷത്ത് ഉള്ളിലും പുറത്തുമൊക്കെ സുവർണജ്യോതിമരമായി ഭഗവാൻ നിറഞ്ഞു നിൽക്കും സകലതും ഭഗവത് സ്വരൂപമാണ് ആ പരമജ്യോതിസാണ് എന്റെ ഉള്ളിലും എനിക്ക് ആരെയും ഭയപ്പെടേണ്ട നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടോ അതൊക്കെ പോസിറ്റീവ് അതാണ് ധ്യാനത്തിന്റെ മാർഗം അതെല്ലാവർക്കും വേണ്ടി വരും ശുദ്ധ സാങ്ക്യമാർഗം വിചാരമാർഗത്തിന് വരുന്നതിന് മുമ്പ് നമ്മളുടെ വ്യക്തിത്വത്തിലുള്ള ദൂഷ്യങ്ങളൊക്കെ നീക്കാണ് എന്തൊക്കെ നെഗറ്റീവായിട്ടുണ്ടോ അതിനെ പോസിറ്റീവ് കൊണ്ട് മാറ്റണം ഭയമുണ്ടെങ്കിൽ അഭയത്തിനെ ധ്യാനിക്കണം ഞാൻ പാവിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധിയെ ധ്യാനിക്കണം തനിക്ക് ഹൃദയ വികാസം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ വിശാല ഹൃദയമുള്ള മഹാത്മാക്കളുടെ ഹൃദയത്തിന് തന്റെ ഹൃദയമായിട്ട് ധ്യാനിക്കണം എല്ലാത്തിനും പ്രതിപക്ഷഭാവനം എന്നാണ് ആ പ്രതിപക്ഷഭാവന പ്രബലമാവുമ്പോ ഈ നെഗറ്റീവ് ഇമോഷൻ അവിടുന്ന് പോയിപ്പോകും എന്താണ് ധ്യാനം എന്ന് പറയുന്നത് ഞാൻ ജീവനാണെന്ന് തോന്നുന്നത് ഞാൻ ജീവനല്ല നാഹം ജീവ പരം ബ്രഹ്മേ രൂപോ വിനിശ്ചയ या जीवन परब्रह्म सर्वव्याप शुद्धोहम बुद्धोहम निरंजनोहम निरम ध्यान महात्मा भाव विवेकानंद स्वामी ऐकदमी ध्यान मार्ग है अद्ध ज्ञान विचार मार्ग आयासख्य मार्गल ध्यान मार्ग है या या ब्रह्म അതുകൊണ്ട് അദ്ദേഹം ജ്ഞാനയോഗം പറയുമ്പോഴോ ധ്യാനയോഗത്തോടുകൂടിയുള്ള ജ്ഞാനയോഗമാണ് അതുകൊണ്ട് സ്വാമിയുടെ പ്രസംഗത്തിലും അത് കാണാം ഇങ്ങനെ വീണ്ടും ധ്യാനിക്കൂസ് തിങ് ദാറ്റ് യു ആർ ദ സെൽഫ് യു ആർ ദ ആത്മൻ യു ആർ നോട്ട് ദിസ് ബോഡി ഓർ മൈൻഡ് ഓർ ഇന്റലക്ട് മനോമുദ്ധി അഹങ്കാര ചിത്താനി നാഹം നചശ്രോത്ര ജിഹ്വേ നജഘ്രാണ നേത്രേ നജവ്യോമ ഭൂമേർണ തേജോ നായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നിങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും മനസഹാ ചിതിമജ്ജനം അങ്ങനെ ഉള്ളില് മുക്കുക ആ അനുഭൂതി മണ്ഡലത്തില് സ്വരൂപാവൃതത്തിലേക്ക് മനസ്സിനെ മുക്കി മുക്കി എടുക്കലാണ് ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനം ആത്മന കേസാഖ്യേന യോഗേന കർമ്മയോഗേന ചാപ്പരേ വേറെ ചില ആളുകളുണ്ട് അവർക്ക് ധ്യാനത്തിന് വേണ്ട ഭാവമില്ല സാങ്ക്യത്തിന് വേണ്ട സൂക്ഷ്മബുദ്ധിയില്ല പ്രവൃത്തി അവരുടെ സ്വഭാവമാണ് അവരെന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിരന്തരം ശരീരം കൊണ്ട് ലോകമംഗലത്തിനായി എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്ത് കുറെ കഴിയുമ്പോൾ എന്താകും അവരേ ഇല്ലാതായിട്ട് തീരാണ് അപ്പോൾ എന്താ അഖണ്ഡമായ വസ്തു അവരുടെ കൂടെ പ്രകാശിക്കും ഒന്നും തനിക്ക് വേണ്ടി ചെയ്യുന്നില്ല ഈ രണ്ട് യോഗവും പറ്റിയിട്ടില്ലെങ്കിൽ ഇനി മറ്റൊരു വഴിയാണ് ഇനിമേൽ ഞാൻ ഒരു പ്രവൃത്തിയും എനിക്ക് വേണ്ടി ചെയ്യില്ല എന്ന് തീരുമാനിക്കാം പ്രവൃത്തി ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ പ്രവർത്തിക്കാം നിരന്തരം പ്രവർത്തിക്കാം ഒന്നും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യില്ല ഒരു മഹാത്മാവ് പറഞ്ഞു ദേവന്മാരും ഒക്കെ ഒരു മഹാത്മാവിന്റെ മുമ്പിൽ വന്നു അത്ര അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങേക്ക് എന്ത് വരമാ വേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു വരവും വേണ്ട ദേവന്മാർ പറഞ്ഞു അങ്ങ് എന്തെങ്കിലും ചോദിക്കണം ഒരു വരവ് അങ്ങേക്ക് ഞങ്ങൾ തരാം അങ്ങ് ചോദിക്കണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടാൽ വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങേക്ക് എന്ത് വരമാ എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ ഞാൻ പോകുന്ന ദിക്കിലൊക്കെ ആളുകൾക്ക് മംഗളം ഉണ്ടാവണം എന്റെ നിഴൽ വീഴുന്ന സ്ഥലത്തൊക്കെ ആളുകൾക്ക് നന്മ ഉണ്ടാവണം അവർക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ തീരണം പക്ഷേ എന്നെ കാരണമാണ് തീരുന്നതെന്ന് അവർക്കും അറിയാൻ പാടില്ല എനിക്കും അറിയാൻ പാടില്ല ഞാൻ പോകുന്നത് അവിടെ നടക്കുന്നത് എന്നുള്ളത് എനിക്കും അറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല എന്ന് അറിയാൻ പാടില്ല തികച്ചും നിസ്വാർത്ഥമാണെന്നർത്ഥം തികച്ചും നിസ്വാർത്ഥമാണ് അല്ലെങ്കിൽ എനിക്കറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അറിഞ്ഞാൽ അവർ കുറെ കഴിയുമ്പോ എന്നെ അറിയിക്കും അല്ലെ സ്തുതിച്ചിട്ടും ആരാധിച്ചിട്ടുമൊക്കെ അപ്പൊ പതുക്കെ പതുക്കെ ഉള്ളിൽ രസാസ്വാദം വരും അപ്പൊ ഞാനും വിട്ടപുള്ളിയല്ല തോന്നും പതുക്കെ പതുക്കെ ഒരു രസം തോന്നും അപ്പോ ആ രസാസ്വാദം വരാതിരിക്കാനാണ് എനിക്കും അറിയാൻ പാടില്ല അവർക്കും അറിയാൻ പാടില്ല ഇതാണ് കർമ്മയോഗത്തിന്റെ മുൻ ലെസൻസ് നിരന്തരം പ്രവർത്തിക്കണോ എന്തിനാ അതുകൊണ്ട് ലോകമങ്കളുണ്ടാകട്ടെ ലോകമെന്ന് വിരാട് രൂപത്തിലുള്ള ഭഗവാന പൂജയാണത് എല്ലാ കൈയും കാലും തലയും ഒക്കെ ഭഗവാനാണല്ലോ ഏതൊക്കെ വിധത്തിൽ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തുകൊണ്ടേയിരിക്കാം ചില മഹാത്മാക്കൾ എങ്ങനെയാണ് രാവും പകലും പ്രവർത്തിക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്തിനാണ് പ്രവർത്തിക്കുന്നത് അവർക്കൊന്നും കിട്ടാനില്ല കൃഷ്ണൻ തന്നെ അതാണ് പറഞ്ഞത് നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചന് ന അനവാപ്തമവാപ്തവ്യം വർത്തയേവച്ച കർമ്മണി എനിക്ക് മൂന്ന് ലോകത്തിലും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല കിട്ടാനും ഒന്നുമില്ല എന്നാലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അത് കർമ്മയോഗം ഈ മൂന്ന് മാർഗത്തിൽ മൂന്നും കലർന്നോ ഒന്നു മാത്രമായിട്ടോ ആളുകൾക്ക് ചെയ്യാം ഇനി മൂന്നുമല്ലാത്തവരുണ്ട് അവർക്ക് ശുശ്രൂഷ യോഗികൾ എന്നാണ് പറയണത് ഭഗവാൻ ശുശ്രൂഷുക്കളാണ് അടുത്ത ശ്ലോകം നോക്കുക അശ്യച്ച അന്യേത്വമജാനന്ത അശ് അന്യേതു ഏതും വികല്പേഷു അന്യതമേന അപ്പി യഥോക്തം ആത്മാനം അജാനന്ത അന്യേഭ്യാ ആചാര്യേഭ്യുവാ ഇതമേവ ചിന്തയത് ഇതിയുക്ത ഉപാസതേ ശ്രദ്ധദാന സന്താ ശ്രവണയോ ശ്രവണത്തിന് തയ്യാറായിട്ടുള്ളവരാണ് അവർ ശ്രവണത്തിന് തയ്യാറായിട്ടുള്ളവർക്ക് പലവിധത്തിൽ പ്രയോജനപ്പെടും ശ്രവിക്കാനിരിക്കുന്ന ആൾക്ക് ശ്രോതാവ് ആത്മതത്വമാണ് കേൾക്കുന്നത് എന്തെങ്കിലും കേൾക്കണമല്ല ഇവിടെ പറയുന്നത് ഇവിടുത്തെ കാര്യം എന്തെങ്കിലും കഥ കേൾക്കലോ ശാസ്ത്രം കേൾക്കലോ ഒന്നുമല്ല ഇവിടെ കേൾക്കുന്നത് തന്റെ സ്വരൂപത്തിനെ കുറിച്ചാണ് സ്വരൂപജ്ഞാനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇതിൽ ചില ആളുകൾ അന്യേ ത്വേമജാനന്ത ഇങ്ങനെയൊന്നും അറിയാത്തവര് സാങ്ക്യം കൊണ്ടോ ധ്യാനം കൊണ്ടോ കർമ്മയോഗം കൊണ്ടോ ഒന്നുമല്ലാതെ ശ്രുത്വ അന്യേവ്യ മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ട് ഉപാസതെ ഇത് വൈദിക സമ്പ്രദായവുമാണ് ശ്രോതവ്യോ മന്ത്വ്യോ നിധിധ്യാസിതവ്യ ഒരു ആചാര്യനിൽ നിന്നും ആത്മാവരെ കുറിച്ച് ആത്മതത്വം കേൾക്കുന്നു കേട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനനവും നിധിധ്യാസനവും ചെയ്യാണ് എന്താ മനനനിധിധ്യാസനം സാധാരണ ഞാൻ കണ്ടിട്ടുള്ള അധിക പുസ്തകങ്ങളിലും ആത്മാവിനെക്കുറിച്ച് കേൾക്കുകയും അതിനെ ശാസ്ത്രോക്തമായി യഥോക്തമായി ചിന്തിക്കുകയും പിന്നീട് അതിനെ സങ്കൽപ്പത്തിൽ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് പറയണത് അത് ശാസ്ത്രമനനമാണ് അത് ക്ലാരിറ്റി ഉണ്ടാക്കും ഒരു തെളിവുണ്ടാക്കും പക്ഷേ അത് സ്വാനുഭൂതിക്ക് കാരണമാവാൻ സാധ്യതയില്ല മനനനിധിധ്യാസനം എന്തിനെയാണ് എന്ന് വെച്ചാൽ ഗുരുവാക്യത്തിൽ നിന്നും കേൾക്കുമ്പോൾ ഉദ്ദേശമല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ അയാളുടെ സങ്കൽപ്പം അയാളുടെ പ്രിജുഡിസ് ബയാസ് ഒന്നുമില്ലെങ്കിൽ അയാളുടെ ചെവിക്ക് പുറകിൽ അയാളുടെ ചിത്തമോ ബ്രെയിനോ പ്രവർത്തിക്കാതെ ഹൃദയം മാത്രമാണ് ഉള്ളതെങ്കിൽ കൊണ്ട് തന്നെ പ്രത്യിജ്ഞ ഉണ്ടാവും പ്രത്യപിജ്ഞ എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഗ്ലിംസ് ഓഫ് ദ സെൽഫ് സദ്യോജാതമായ ഒരു അനുഭവം കേൾക്കുന്ന ക്ഷണത്തിൽ തന്നെ ഉൾക്കാഴ്ച ഉണ്ടാവും ആ ഉൾക്കാഴ്ച എന്ത് രൂപത്തിലാണ് എന്ന് വെച്ചാൽ തന്റെ വ്യക്തിത്വം ഇരിക്കുന്ന സ്ഥലത്ത് വ്യക്തിത്വമില്ലായ്മയും ഒരു ബോധത്തിന്റെ തെളിച്ചവും ഉണ്ടാവും ആ ഒരു ക്ഷണം കൊണ്ട് ആ ഒരു സെക്കൻഡിൽ മിന്നിമറിയുന്ന ആത്മാനുഭവം കൊണ്ട് ഇയാൾക്ക് സർവശാസ്ത്രങ്ങളുടെയും അറ തുറക്കാൻ വേണ്ട താക്കോൽ കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ അതിനെയാണ് മനനം ചെയ്യണം ആ ആ അനുഭവ ശകലം ചൈതന്യത്തിന്റെ അനുഭവമാണ് ആ ശകലം ഓരോരിക്കലായി വർദ്ധിപ്പിച്ചുകൊണ്ടുവരാം തനിയിരുന്നിട്ട് അങ്ങനെയാണ് ദേവനെ പൂജിക്കേണ്ടത് അതായത് ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ എന്ന് ലളിതാസഹസ്രനാമത്തിൽ ദേവിക്ക് ഒരു നാമമുണ്ട് ചൈതന്യം ആവുന്ന അർഘ്യവും ചൈതന്യമാവുന്ന പുഷ്പവും കൊണ്ട് അർച്ചിച്ചാൽ അവൾ സന്തുഷ്ടയാവും എവിടുന്ന് ചൈതന്യമാവുന്ന അർഘ്യവും പുഷ്പമൊക്കെ കൊണ്ടുവരും ബ്രാഹ്മണൻ അർഘ്യം കൊടുക്കും ജലാർഘ്യം പൂജിക്കാൻ പുഷ്പം കൊണ്ടുവന്ന് അർച്ചിക്കും ഇത് രണ്ടുമല്ല ഞാനിയും പൂജിക്കുന്നുണ്ട് നിത്യനിരന്തര പൂജ എന്താണ് ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യമാവുന്ന കുസുമം ഓരോന്നോരോന്നോരോന്നായി അർപ്പിക്ക ചൈതന്യ കുസുമം ഓരോരിക്കലും ഈ ചിത്തവൃത്തികളുടെ ഇടവിലു വിടവിലൂടെ ചൈതന്യ സ്ഫൂർത്തി ഉണ്ടാവുമ്പോൾ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഞാൻ എന്ന അനുഭവം എന്താണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ എന്ന അനുഭവത്തിനെ വിചാരം ചെയ്ത് മൂലാന്വേഷണം ചെയ്യുമ്പോൾ ഒരു ക്ഷണനേരത്തേക്ക് ചൈതന്യ സ്ഫൂർത്തി ഉണ്ടായാൽ ഒരു പുഷ്പം അർപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അർത്ഥമെങ്കിൽ ലളിതാ സഹസ്രനാമം എങ്ങനെ വ്യാഖ്യാനിക്കും പറയൂ ഇങ്ങനെയൊക്കെ ഗൂഢമാണ് നമ്മൾ കാണാതെ പഠിച്ച് വളരെ സുലഭമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ശാസ്ത്രങ്ങൾ പക്ഷെ വളരെ എളുപ്പമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഈ ഒരു താക്കോൽ മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ വേദവേദാന്ത ശാസ്ത്രങ്ങളിലെ എല്ലാ അറകളും തുറക്കാം ഒറ്റ താക്കോലാണ് ചില ലോഡ്സിലൊക്കെ അവരുടെ കയ്യിലൊരു താക്കോൽ ഉണ്ടാവും ആ താക്കോൽ കൊണ്ട് മുറിയും തുറക്കാം അതുപോലെ ഈ ഒരു താക്കോല് കിട്ടിയാൽ വേദവേദാന്ത ശാസ്ത്രങ്ങളുടെ സഹനാളുകളും തുറക്കാം ഈ ഒരു താക്കോലില്ലെങ്കിൽ സാഖ്യം യോഗം ശിക്ഷ കൽപ്പം വ്യാകരണം നിരുത്തം ഛന്തസ് ജ്യോതിഷം എല്ലാം പഠിച്ചോളൂ അങ്ങനെ ഇരിക്കും കിട്ടില്ല ചൈതന്യസ്ഫൂർത്തിയാണ് ചൈതന്യ കുസുമെന്ന് പറഞ്ഞത് അങ്ങനെ ചൈതന്യസ്ഫൂർത്തി വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചൈതന്യമയമായി തീരുകയും സ്ഫൂർത്തിമയമായി തീരുകയും ചെയ്താൽ അവർ ജ്ഞാനിയായി ശ്രവണം ചെയ്യുമ്പോഴൊക്കെ ചൈതന്യം സ്ഫൂർത്തി ഉണ്ടാകും ചിലർക്ക് ശ്രവണത്തിൽ ഉത്സാഹം അതുകൊണ്ടാണ് പലവട്ടം കേട്ടതല്ലേ വേദാന്തം എപ്പോഴും പ്രഭാഷണം ഒരേ വിഷയമാണ് പാലക്കാട്ടിലെ നമ്മുടെ ആശ്രമ വിജ്ഞാനമണി ആശ്രമവും ഉണ്ട് അവിടെ അവിടെ തുടങ്ങിയത് അവിടെയാണ് പതിനഞ്ച് പതിനാറ് വർഷമായി അതേ കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ദിവസം ഒരേ വിഷയം തന്നെയാണ് ഒരേ കാര്യം തന്നെയാണ് അതല്ലാതെ മാറ്റി പറഞ്ഞാൽ അവർക്കിഷ്ടാവില്ല അവർ പറയും സ്വാമി ഇന്ദിര വേറെ എന്തെങ്കിലും പറയണതെന്ന് എന്താ ഒന്നും അറിയാൻ വേണ്ടിയിട്ടല്ലേ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടോ അറിയാൻ വേണ്ടിയിട്ടോ അല്ല ഓരോരിക്കെ ശ്രവണം ചെയ്യുമ്പോഴും ചൈതന്യാർഗ്യ സമാരാധ്യ ചൈതന്യക്കു സുഭപ്രിയ ശ്രവണം ചെയ്യുമ്പോ തൽക്കാലത്തേക്ക് പ്രത്യവിജ്ഞ ഉണ്ടാവണം പക്ഷെ ശ്രവണത്തിന് എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ശ്രവണമില്ലെങ്കിലും തനീയ ആന്തരശ്രവണം ചെയ്യാൻ പഠിക്കണം നമ്മുടെ ഭഗവാൻ പറയണത് ആന്തരശ്രവണം എന്നൊന്നും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സത്സംഗത്തിലിരിക്കുമ്പോൾ ആ ശ്രവണം കൊണ്ട് നമുക്ക് പ്രത്യഭജ്ഞ അത് തനിച്ച് ഏകാന്തത്തിൽ ഇരുന്നു നമ്മൾ തന്നെ ഉള്ളിൽ നേടിയെടുക്കണം ആ ഉള്ളിലുള്ള നിശ്ചലതയെ കേൾക്കണം യു ക്യാൻ ലിസൺ ടു സൈലൻസ് ശബ്ദത്തിൽ മാത്രമല്ല ലിസണിങ് യു ക്യാൻ ഇവൻ ലിസൺ ടു സൈലൻസ് നിശ്ചലതയെ കേൾക്കണം അകമേക്കുള്ള നിശ്ചലതയെ കേൾക്കുന്നു ചിത്തവൃത്തി കണ്ട വിടവിലൂടെ നിശ്ചലതയെ കാണുന്നു അത് ആന്തരിക ശ്രവണമാണ് അത് ഉപാസനയാണ് ആ ഉപാസനയിൽ സിദ്ധി ഉണ്ടാവുമ്പോ നമ്മൾക്ക് നിത്യനിരന്തര സ്വരൂപാനുഭവം ഉണ്ടാവും അതാണ് അങ്ങനെ തേപിച്ചാതി തരനുടിയേവ മൃത്യവും ശ്രുതിപരായണ ഇങ്ങനെ കേൾക്കുന്നവരുണ്ടല്ലോ നിത്യനിരന്തരമായി കേട്ട് കേട്ട് കേട്ട് സ്വയം സിദ്ധമാക്കുന്നവരുണ്ടല്ലോ അവരും മൃത്യുവിനെ കടക്കും ഒരു വിധത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവരെക്കാളും ചില കാര്യത്തിൽ ഈ ശ്രവണ പടുക്കൾ മുമ്പിലാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ കർത്താവ് പ്രബലമായി നിൽക്കും വിചാരം ചെയ്യുമ്പോഴും കർത്തൃത്വം ചിലപ്പോ പുറകെ നിൽക്കും ധ്യാനം ചെയ്യുമ്പോഴും ധ്യാനിക്കുന്നവനെന്ന ഭാവം നിൽക്കാം അധികവും ഈ കേൾക്കുമ്പോൾ അതുണ്ടാവില്ല കേൾക്കുന്ന ആളുകൾക്ക് കാര്യമായി മനസ്സിനെ ഉപയോഗിക്കുന്നു വേണ്ട അവരുടെ വ്യക്തിത്വത്തിന്റെ സമ്പർക്കവും വേണ്ട എന്നാ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊരു വിധത്തിൽ വളരെ പ്രബലമാണ് പക്ഷെ ഇതിലൊരു ദൂഷ്യമുള്ളത് വെച്ചാൽ ആരെങ്കിലും പറയാൻ ഒരാൾ വേണമെന്ന് എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ അനുഭവം നമ്മളുടേതായിട്ട് തീരില്ല അതുകൊണ്ട് കേൾക്കുക മനനം ചെയ്യുക നിധിധ്യാസനം ചെയ്യുക നിർവികൽപ്പമാവുക ശ്രുതേഹേ ശതഗുണം വിദ്യാൻ മനനം മനനാദവി നിധിധ്യാസനം ലക്ഷഗുണം അനന്തം നിർവികൽപ്പകം എന്നാചാര്യസ്വാമികൾ പറഞ്ഞു കേൾക്കുന്നതിന്റെ ഒരു നൂറ് മടങ്ങ് മനനം ചെയ്യുക മനനത്തിന്റെ ഒരായിരം മടങ്ങ് അല്ലെങ്കിൽ ലക്ഷം മടങ്ങ് നിധിധ്യാസനം ചെയ്യുക പിന്നെ നിത്യനിരന്തര അനുഭവമാവും ആ നിത്യനിരന്തരാനുഭവമാവുമ്പോൾ മൃത്യുന്തരന്തി അവർ മരണത്തിനെ കടന്ന് സ്വരൂപജ്ഞാനനിഷ്ഠനായിട്ട് തീരും എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി ക്ഷേത്രക്ഷേത്രജ്ഞരഐകത്വവിഷയം ജ്ഞാനം മോക്ഷസാധനം യജ്ഞാ അമൃതമേക്തം തത് കസ്മാേ തദ്ഹേതുപ്രദർശനാർത്ഥം ശ്ലോക ആരഭ്യത്തെ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞ് ക്ഷേത്രജ്ഞനും ഈശ്വരനും ഒന്നാണെന്നുള്ള ഐക്യജ്ഞാനമുണ്ടായാൽ ആ ജീവൻ മുക്തനായിട്ട് തീരും എന്ന് പറഞ്ഞു മാത്രമല്ല മരണത്തിനെ തരണം ചെയ്യുമെന്ന് പറഞ്ഞു അതിന് കാരണമെന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത് അടുത്ത ശ്ലോകം നോക്കാം സത്വം സ്ഥാവരംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാ किंचि सत्म स्थवरजंगम क्षेत्र क्षेत्रा तद्दिर्शे ये समत्पद्य से सतु किशेषेण्व സ്ഥാപര ജംഗമം സ്ഥാപനം ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ തജ്ജായ സഞ്ചായത്തെ സത്വം ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു വസ്തു ജനിക്കുമ്പോൾ അതൊക്കെ തന്നെ എല്ലാ വസ്തുക്കളും ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും കൂടി കലർന്നിട്ടുള്ളതാണ് ചൈതന്യവും ജഡമവും കൂടി കലർന്നിട്ടുള്ളതാണ് ശക്തിയും ശിവവും കൂടിയുള്ള സംയോഗത്തിൽ നിന്നുണ്ടാവുന്നതാണ് േ ഭരഷഭ നല്ലവണ്ണ അറിഞ്ഞുകൊള്ളുകിം പുനഃഅം ക്ഷേത്രക്ഷേത്രജ്ഞയോ സംയോഗ അഭിപ്രേതാവ് രജ്ജ്വാ ഇവ ഘടസ് അവശ്യ അവയവ സംശ്ലേഷ ശാസ്ത്ര ശാസ്ത്രവിഷയങ്ങളാണ് അതിലേക്കൊന്ന് നമ്മൾ പണ്ടാം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതിൽ ക്ഷേത്രം നായയും ക്ഷേത്രജ്ഞൻ പരമേശ്വര സ്വരൂപവുമാണ് അതിൽ ക്ഷേത്രജ്ഞനെ കാണിച്ചു തരുന്നതിലാണ് സമ്യക് എന്ന് പറഞ്ഞത് ക്ഷേത്രജ്ഞനെ തന്നിൽ പരമേശ്വരനാണെന്ന് കണ്ടാൽ അവിദ്യ വിട്ടുപോകും പിന്നെന്താവും ക്ഷേത്രജ്ഞനെ കണ്ട ആൾക്ക് ക്ഷേത്രവും ഉണ്ടാവില്ല ആ ക്ഷേത്രം വെറും ഒരു തോന്നലാണ് സർവത്ര ആ പരമേശ്വരൻ മാത്രമാണ് മുഖ്യമായിട്ട് തീരുന്നത് അതാണ് അടുത്ത ശ്ലോകം നോക്കുകം പരമേശ്വരം വിനശ്യ സ്വവിനശ്യന്തം പശ്യതി സ പശ്യതി സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം ഈ ശ്ലോകമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലണം ഉള്ളില് ആനന്ദമായിട്ട് സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യത്സു അവിനശ്യന്തം യഹ പശ്യത്തി സ പശ്യത്തി ആരാണോ ഇത് കാണുന്നത് അവൻ കാണുന്നു അവനാണോ ഋഷി അതാണ് പ്രഹ്ലാദനെ നാരദൻ കാണിച്ചു കൊടുത്ത് പ്രഹ്ലാദൻ എല്ലായിടത്തും ഭഗവാനെ കാണാൻ കാരണം നാരദ മഹർഷി ഗർഭത്തിലിരിക്കുമ്പോൾ കയാതൂവിന് ഉപദേശിച്ചു കൊടുത്തത് അതാണ് ജന്മാദ്യ ഷടിമേ ഭാവാഹ ദൃഷ്ട ദേഹസ് ന ആത്മന ജനിക്കുക ഗർഭത്തിലുണ്ടാകുക പുറത്തുവരിക വളരുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക മുതലായിട്ടുള്ള ഷഡ്ഭാവ വികാരങ്ങൾ ആറ് വികാരങ്ങൾ ദേഹത്തിലാണ് ഇതൊന്നും ആത്മാവനില്ല ആത്മാവനിത്യോ അവ്യയശുദ്ധ ക്ഷേത്രജ്ഞ സാക്ഷി സ്വയം ദൃഗ് എന്നൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ക്ഷേത്രത്തിനെ കുറിച്ച് ആറ് ലക്ഷണവും ക്ഷേത്രജ്ഞനെ ബോധിപ്പിക്കാൻ പന്ത്രണ്ട് ലക്ഷണവും പറഞ്ഞു കൊടുത്ത ആരത മഹർഷി പ്രഹ്ലാദന് ആത്മതത്വം ഉപദേശിക്കാം എന്നിട്ട് വീണ്ടും ക്ഷേത്രജ്ഞനെ ബോധിപ്പിക്കാനായി ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിരിക്കുന്നവനെ അധ്യക്ഷനായിരിക്കുന്ന ആ പുരുഷനെ അറിയുക ശ്രദ്ധിക്കുക അതിനെ ആത്മാവെന്നറിയൂ എന്ന് അകമയ്ക്ക് തത്വം ബോധിപ്പിച്ചു അകമയ്ക്ക് തത്വജ്ഞാനമുണ്ടായി ഇനി പുറമേക്ക് എന്ത് ചെയ്യണം അതാണ് ഭാഗവതത്തിന്റെ ഒരു സവിശേഷത അകമയ്ക്ക് ജ്ഞാനവും പുറമേക്ക് ഭാഗവതധർമ്മവും പുറമേക്ക് സന്യാസത്തിനെ പറഞ്ഞില്ല അഹമയ്ക്ക് ജ്ഞാനവും പുറമേക്ക് ഭാഗവതധർമ്മവും ഭാഗവതധർമ്മത്തിന്റെ സ്വഭാവം എന്താ സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്തീശ്വര പ്രഹ്ലാദന നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഓരോ ശരീരത്തിലും ഹരി ക്ഷേത്രജ്ഞനായി ജീവനായി ഇരിക്കുന്നു എന്നറിഞ്ഞ് സകലഭൂതങ്ങളെയും മാനിക്കുക മൈത്രിയ അഭിമേന ചക്ഷുഷ എല്ലാരിലും ഭഗവാനിരിക്കുന്നു എന്ന് കണ്ട് പ്രിയതേ അമലയാ ഭക്യാ ഹരി അന്യത്വിടംബനം അമലയായ ഭക്തി ശുദ്ധമായ ഭക്തി എന്താണ് സകല ശരീരങ്ങളെയും അന്തര്യാമ രൂപേണ ഇരിക്കുന്നവൻ ഭഗവാനാണ് അതുകൊണ്ട് ആരോടും അദ്വേഷ്ടഭൂതാന മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഖസുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ എന്ന ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെ സഹജമായിട്ട് ആ ഭക്തന്റെ ഉള്ളിൽ ആവിർഭവിക്കുന്നു പ്രിയമാവിർഭവിക്കുന്നു ശാന്തി ആവിർഭവിക്കുന്നു അഹങ്കാരം അസ്തമിച്ചു പോകുന്നു മമതയില്ലാതായിട്ട് തീരുന്നു ഇതൊക്കെ സഹജമായിട്ട് വരുന്നു അതിന് കാരണമോ സർവഭൂതങ്ങളിലും സമമായിരിക്കുന്ന പരമേശ്വരനെ കാണുകയാണ് സർവഭൂതങ്ങളിലും വിഷമമായിരിക്കുന്നത് ശരീരവും മനസ്സും അഹങ്കാരവും ഒക്കെയാണ് അത് ഒരാൾക്കും ഒരാൾക്കും വേറെയാണ് വിഷമം എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ് സപറേഷൻ സമം എന്ന് വെച്ചാൽ എക്വലിപ്രിയം ഓരോ ശരീരത്തിലും സമമായി ഭഗവാനുണ്ട് ഇതിനെ ആദ്യം എങ്ങനെ കാണും കാണാൻ പറ്റില്ല വിശ്വസിക്കേ വഴിയുള്ളൂ ബഹിർദൃഷ്ടിയുള്ള ആൾക്ക് വിശ്വസിക്കേ പറ്റുള്ളൂ ജ്ഞാന ചെയ്യുമ്പോൾ അതിമയൊക്കെ കാണാം എന്നാലും ബഹിർദൃഷ്ടി വരുമ്പോൾ വിട്ടുപോകും അപ്പോ ആദ്യം എന്ത് ഇതിന് ധ്യാനയോഗം സ്വീകരിക്കാം ധ്യാനയോഗം കൊണ്ട് എല്ലാരിലും ഒരേ ആത്മാവാണ് ഇരിക്കുന്നത് സർവേശ്വരൻ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നുണ്ട് പൂച്ചയിലും മനുഷ്യരിലും സ്ത്രീയിലും ഒക്കെ ഇരിക്കുന്നുണ്ട് ത്വം സ്ത്രീ ത്വം കുമാനസി ത്വം കുമാര ഉതവാകുമാരി ത്വം ജീർണോദണ്ഡേന പഞ്ചസി ത്വം ജാതോഭവസി വിശ്വത്തോ മുഖ ഭഗവാനെ അവിടുന്ന് സ്ത്രീയാണ് അവിടുന്ന് പുരുഷനാണ് അവിടുന്ന് കുമാരിയാണ് നിത്യശുദ്ധമായ വസ്തു എല്ലാരിലും ഇരിക്കുന്നു എന്ന് സജാതീയ വൃത്തിപ്രവാഹം അപ്പൊ എന്താവും ഇടയ്ക്കിടയ്ക്ക് വിജാതീയ വൃത്തികൾ വരും ഏ അത് സ്ത്രീയാണ് ഇത് പുരുഷനാണ് അത് നല്ല ആളാണ് ഇത് ചീത്തയാളാണ് ഇന്നയാളുടെ അടുത്ത് ഗുണമുണ്ട് ഇന്ന ദോഷമുണ്ട് അവിടെ കൂടുതൽ ആകർഷണം ഇവിടെ വികർഷണം എന്നൊക്കെ വരും ഇത് വിജാതീയം നെഗറ്റീവ് ഇമോഷൻസ് ഇട കൂടെ അതിനെ മാറ്റാൻ വീണ്ടും വീണ്ടും സമം സർവേഷു ഭൂതേഷു പരമേശ്വരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇതിനെ വ്യവഹാരത്തിൽ കൊണ്ടുവരാനല്ല എന്റെ ഉള്ളിൽ ഭാവം വരണം ഇതൊക്കെ നല്ലവണ്ണം അറിയേണ്ട വിധത്തിൽ അറിയണം അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കും എല്ലാവരിലും ഒന്നല്ലേ ഉള്ളൂ ഞാൻ എവിടെ പോയാൽ എന്താ എന്ത് ഭക്ഷണം കഴിച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ അടിപൊളൂ അത് ആ പാടക്കുഴപ്പുണ്ടാക്കുന്നു അതിലല്ല ഇത് വ്യവഹാരത്തിനല്ല ഇത് ആന്തരികമായ ഭാവമണ്ഡലത്തിൽ ദൂഷ്യങ്ങൾ നീക്കാനാണ് ദ്വൈതം കൊണ്ടുണ്ടായ ദൂഷ്യങ്ങളും കളങ്കങ്ങളും നീക്കാനാണ് വെറുപ്പും വിദ്വേഷവും ഒക്കെ നീക്കാനാണ് ഹൃദയം ശാന്തി കൊണ്ട് നിറയാനും ഭക്തി കൊണ്ട് നിറയാനുമാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം സർവഭൂതങ്ങളിലും പരമേശ്വരൻ സമമായിട്ടിരിക്കുന്നു വിനശ്യത്സു അവിനശ്യന്തം അവരുടെ ശരീരം നശിച്ചു പോവും മനസ്സ് നശിച്ചു പോവും ബുദ്ധി നശിച്ചു പോവും അഹങ്കാരം നശിച്ചു പോകും പക്ഷെ അതിനകത്ത് അവിനശ്യന്തം നശിക്കാത്തതായ ഒരു വസ്തു ഉള്ളിൽ കുടികൊള്ളൂ യഹ പശ്യതി ആ അതിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അവനാണ് വാസ്തവത്തിൽ കാണേണ്ടത് കാണുന്നവൻ പശ്യ എന്നവന് പേര് യഥാ പശ്യ പശ്യത്തെ രുക്മവർണ കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തദാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സാമ്യം ഉപൈതി എപ്പോൾ കാണുന്നവൻ സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ജ്യോതിഷിനെ കാണുന്നുവോ അപ്പൊ അയാൾ ഉപാധിയുടെ ദോഷങ്ങൾ കൊണ്ടൊന്നും കളങ്കപ്പെടില്ല നമുക്കിപ്പോ ദൂഷ്യം എന്താ പല ആളുകളെയും കാണുമ്പോ അവരിലൊക്കെ ഞാൻ പലതും ആരോപിച്ച് കാണുമ്പോ എന്റെ ഉള്ളിൽ മനസ്സ് ചഞ്ചലമാവും എത്ര നേരം ധ്യാനിച്ചിരുന്നാലും ധ്യാനിച്ച് എഴുന്നേറ്റോടനെ അടുത്ത വീട്ടുകാരനെ കണ്ടതും പോയി എന്താന്ന് വെച്ചാൽ എത്ര വർഷമായുള്ള ലഹളയാണ് അത് മുഴുവൻ ഓർമ്മയ്ക്ക് വന്നു വേണം ഇപ്പോ ഞാൻ ധ്യാനിക്കുന്ന വസ്തുവിനെ വിട്ടിട്ട് ആദ്യം ആ അടുത്ത വീട്ടുകാരനെ എടുത്തുവച്ച് ധ്യാനിക്കണം എന്നിട്ട് പറയണം വിനശ്യസ്തു അവിനശ്യന്തം ആ ശരീരത്തിൽ അയാളിൽ എന്തൊക്കെ ദൂഷ്യമുണ്ടോ അതൊക്കെ ശരീരത്തിന്റെയാണ് അയാളിൽ ഞാൻ എന്തൊക്കെ മാനസികമായി ദൂഷ്യം കാണുന്നു അതൊക്കെ മനസ്സിന്റെയാണ് അതൊക്കെ പ്രകൃതിയുടെ ദൂഷ്യമാണ് അയാളുടെ ഉള്ളിലും ഭഗവാൻ കൊടികൊള്ളുന്നുണ്ട് അയാളിൽ ഞാൻ ഭഗവാനെ കണ്ടാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അയാളെ കാണുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ അസുരൻ വരും സാത്താൻ വരും അത് കാണാതിരിക്കാൻ അയാളിൽ ഭഗവാനുണ്ടെന്ന് ദിവസം ധ്യാനിക്കാം അതിന് പറഞ്ഞിട്ട് അയാളെ കെട്ടിപ്പിടിക്കാനൊന്നും പോണ്ട വർത്തമാനം പറയാൻ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ദുഷ്ടനെ കണ്ട ദൂരെ വിലകുന്നൊരു ചൊല്ലുണ്ട് ദൂരെ വിലകി ഇരുന്നോട എന്നാലും ഉള്ളിൽ നിന്നും ദുഷ്ടനെ നീക്കണം ഉള്ളിന് ദുഷ്ടനെ വയ്ക്കാൻ പാടില്ല ഉള്ളിൽ ദുഷ്ടതയും വയ്ക്കാൻ പാടില്ല ഉള്ളിൽ ദ്വേഷവും ഉണ്ടാവാൻ പാടില്ല ഉള്ളിൽ അസൂയവും ഉണ്ടാവാൻ പാടില്ല ചുരുക്കത്തിൽ അയാളെ ഉണ്ടാവാൻ പാടില്ല ഒരു വ്യക്തിയും ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല അവിടെ ചിത്തവൃത്തി നിരോധം ഉണ്ടാവണം യോഗം ഉണ്ടാവണം ശാന്തി ഉണ്ടാവണം എന്തെങ്കിലും വസ്തു ഉള്ളിൽ കടക്കുമ്പോൾ ആ കടക്കണ വസ്തു എന്തുകൊണ്ട് എന്റെ ഉള്ളിൽ കടന്നു അതിന് കറസ്പോണ്ടിംഗായി എന്തെങ്കിലും ഇമോഷൻ ഇല്ലയും കടക്കില്ല അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ത് വസ്തു എന്റെ ഉള്ളിൽ കടക്കണമെങ്കിൽ എന്റെ ഉള്ളിലുള്ള ഏതോ വികാരം കൊണ്ടാണ് അത് എന്റെ ഉള്ളിൽ കടന്നത് അപ്പൊ എന്താ ആ പുറമേയുള്ള വസ്തു എന്റെ ഉള്ളിലുള്ള വികാരത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ് ചുരുക്കത്തിൽ എന്റെ ഉള്ളിലുള്ള വികാരത്തിന്റെ ബാഹ്യലോകത്തിൽ കാണപ്പെടുന്ന ഒരു കണ്ണാടി മാത്രമാണ് ആ വ്യക്തി അപ്പോ അയാൾ എന്റെ ഉള്ളിലുള്ള വികാരമാണ് ആ വികാരമോ ഉദിച്ച ഒരു അലയാണ് ആ അലയോ എല്ലാം വെള്ളമാണ് എന്ന് കാണുന്ന പോലെ ആത്മാതന്നെയാണ് എന്നിങ്ങനെ വീണ്ടും വീണ്ടും വ്യക്തികളില്ലാത്ത സ്ഥിതിയിലിരുന്നു എന്നിട്ട് വ്യവഹരിക്കാം അങ്ങനെ വ്യവഹരിച്ചാൽ ലോകത്തിന് മുഴുവൻ മംഗള ഉണ്ടാവും നിങ്ങളൊരു മഹാഗർത്തമായിട്ട് തീരും എന്ന് വെച്ചാൽ വ്യക്തികൾ നിങ്ങളിലിടുന്ന വികാരങ്ങളും നിങ്ങളുടെ നേരെ അയക്കുന്ന ചിത്തവൃത്തികളും നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് എവിടെയോ പറഞ്ഞു ഒന്നും നിങ്ങളെ ബാധിക്കില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ സ്ഥിതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത ഉപയോഗതേ ഇരുന്നാൽ മതി അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും അവരുടെ സങ്കല്പത്തിന്റെ ദൂഷ്യങ്ങളൊക്കെ മാറിക്കോളും നിങ്ങളൊരു ലൈറ്റ് ഹോളായിട്ട് തീരും ഇപ്പോഴൊക്കെ ബ്ലാക്ക് ഹോൾ എന്ന് പറയണ്ടേ സയൻസ് ആ ബ്ലാക്ക് ഹോൾ എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിച്ചെടുക്കണോ അങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടോ എന്നാണ് പറയണത് വലിയ വലിയ നക്ഷത്രക്കൂട്ടങ്ങളെയൊക്കെ ഒഴുങ്ങിക്കളയുമെന്നാണ് അതിനു പകരം നിങ്ങളൊരു ലൈറ്റ് ഹോളായിട്ട് തീരും ഹാരുടെയൊക്കെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങളെയൊക്കെ നിങ്ങൾ വലിച്ചെടുത്ത് പ്രകാശരൂപമായി നിങ്ങളുടെ ഉള്ളിലേക്ക് മറഞ്ഞു പോവുകയും അവരില് ഉണ്ടാവുകയും ചെയ്യും അവരും സരളവും ശാന്തവുമാവും അതുകൊണ്ട് വ്യക്തിത്വമില്ലാതെ ഇരിക്കാം സത്തയിലിരിക്കുക ഈശ്വരനിഷ്ഠരായിട്ടിരിക്കുക ഇത് തന്നിൽ ഈശ്വരനെ കണ്ട് സകലഭൂതങ്ങളിലും ഈശ്വരനെ കണ്ടാൽ അയാൾക്ക് സഹജ കണ്ണു തുറന്നിരിക്കുമ്പോ തന്നെ ഭഗവത് ദർശനമാണ് യാതൊന്നു നാരായണ പ്രതിമ പിന്നെ യാതൊന്നു കേൾപ്പതുകാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വത തു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായനമാ അടുത്ത ശ്ലോകവും ഇതേ ആശയം തന്നെയാണ് നോക്കാം സമം പശ്യ സമവസ്ഥിതം सम्य सर्वत्रीश्वर एनेक दर्शनमी आई विद्य अन्वीक्षिकी विद्यान अन्वीक्षिक विद्या शास्त्रीय वेरे अर्थ पक्षे भागवत अन्वीक्षिकी विद्या अर्थविदा अणुण वीक्षण തന്നിൽ ബോധം ബോധം പ്രതി വിദിതം പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദത്തെ എന്നാണ് അശ്രുതി ബോധം ബോധം പ്രതിവിദിതം ഞാനത് എങ്ങനെ നടന്നു കെനോപരിഷത്ത് പറഞ്ഞു പ്രതിബോധവിദിതം മതം ഓരോ മൊമെന്റ് ബൈ മൊമെന്റ് യു സ്റ്റേയിങ് അവയർനെസ് ബോധത്തിലും ഓരോ ക്ഷണത്തിലും ചൈതന്യാർഗ്യ സമാരാധ്യ എന്നിട്ട് പുറമയ്ക്കും എന്താ അനുക്ഷണം വീക്ഷണം കാണുന്നതൊക്കെ എന്താ ഒരേ ആത്മാവിനെ തന്നെയാണ് എല്ലാവരിലും ആ ഭഗവാനാണോ ഉള്ളത് എല്ലാം ഭഗവത് സ്വരൂപികളാണ് യാതൊന്ന് കാണുമ്പതും നാരായണ പ്രതിമ അവരിൽ ദൂഷ്യം കാണുന്നുണ്ടല്ലോ അതൊക്കെ വെറും സ്ക്രീനിൽ സിനിമ പോലെ എന്തൊക്കെയോ കാണുക അതൊന്നും സത്യമല്ല കാണുന്നതിൽ വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കണം അതിനപ്പുറമാണ് സത്യത്തിൽ പ്രബലമായ ധ്യാനത്തിനേടണം അങ്ങനെയിട്ട് സിദ്ധനായാൽ ഭഗവാൻ ആശ്ചര്യമായിട്ട് പറയണത് നീ നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യലല്ല നീ നനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെടും ന ഹിനി ആത്മാനം തഥോയാതി പരാംഗതി അപ്പോഴാണ് നീ പരമമായ ശാന്തിയിലേക്ക് ഗതിയിലേക്ക് എത്തുക എത്ര നീ ദ്വൈതം കാണുന്നു എത്ര കാലം നീ ഇവിടെ പലതുണ്ടെന്ന് കാണുമോ അത്രകാലം നിനക്ക് രാഗദ്വേഷം ഉണ്ടാവും രാഗദ്വേഷം കാലം നീ നിനക്ക് ദ്രോഹം ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ പത്രത്തിൽ എന്തോ വായിച്ചു ഡിസ്റ്റർബിംഗ് ആയിട്ട് പത്രക്കാരനും കുഴപ്പമില്ല ആരെക്കുറിച്ചാണ് എഴുതിയത് അവർക്കും കുഴപ്പമില്ല എനിക്ക് ദേഷ്യം ഇവിടെ ഇരിക്കും പുറത്തില്ല അപ്പൊ ആർക്ക് ഉപദ്രവിച്ചത് അല്ലാതെ ദേഷ്യം എനിക്ക് എന്നിട്ടിപ്പോ എന്തായി ദേഷ്യം എന്നിപ്പോ എന്തായി ഊട് കഴിച്ചതൊക്കെ ഡൈജഷൻ പ്രോബ്ലം നാടി നരമ്പുകളൊക്കെ മുറുകി പിടിച്ചു എരിച്ചൽ വരുന്നു വെറുപ്പ് വന്നു ഇപ്പൊ എന്തായി ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചു അല്ലെ ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ശാന്തമായിട്ട് ഇരിക്കുന്നതിന് പകരം ഞാൻ നിങ്ങളിൽ ആരോടെങ്കിലും ദ്വേഷമോ ആസക്തിയോ ഒക്കെ വരുത്തിയാൽ നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോവും എനിക്കെന്താവും ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചു ഹിനത്മനാ ആത്മാനം ഇങ്ങനെ നമ്മൾ ലോകത്തിൽ ഇന്ദ്രിയ വ്യാപാരത്തിൽ രാഗദ്വേഷത്തോടുകൂടെ വ്യവഹരിക്കുമ്പോ കോൺസ്റ്റന്റ് യു ആർ ഹർട്ടിംഗ് യുവർ സെൽഫ് ഇൻ വൺ ഫോം ഓർ ദ അതർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാം എന്തെങ്കിലും വൃത്തികേടൊന്ന് കണ്ടാൽ മതി ഞാൻ എന്നെ ഉപദ്രവിച്ചു നമ്മുടെ പൂർവികന്മാർ എത്ര ജാഗ്രതയായെന്ന് പറയൂ നമ്മൾ എന്തെങ്കിലും സന്ധ്യാകാലത്ത് എന്തെങ്കിലും അബദ്ധമതാണ് അങ്ങനെ പറയരുത് എന്ന് പറയും പറഞ്ഞാൽ എന്താ തെറ്റ് പറഞ്ഞാൽ ഒന്നും തെറ്റല്ല ആ ഒരു ഇമോഷൻ വരുന്നതാണ് തെറ്റ് അതുകൊണ്ട് എന്താ ഇങ്ങനെ അനേക വികാരങ്ങൾ ഉള്ളിൽ ഉണ്ടാവുകയും ടി വിയിലൊക്കെ ഇങ്ങനെ കാണുന്നു രാത്രി ഉറങ്ങാൻ പോകുന്നു ആരോ ഒരാളെ കുത്തുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു അതൊക്കെ ഞാൻ സുഖമായി ഇരുന്ന് കാണുമ്പോ അധികവും നമ്മൾ കാണുക ഏ ഞാനതിലൊന്നും അറ്റാച്ച്ഡ് ചെയ്യല്ല വെറുതെ കാണുകയാണെന്ന് നമ്മൾ പറയും അതൊന്നും കാര്യമില്ല വെറുതെ വെറുതെ കാണാൻ ഉണ്ടാവുമായിരിക്കാം ചിലർക്കൊക്കെ പക്ഷെ നമ്മളത് കാണുന്നത് തന്നെ എന്തുകൊണ്ടാണ് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ കാണുമോ അതേ ആളുകളെ ഒരു കർണാടക സംഗീതം വെച്ചിട്ട് ഇരുത്തിയാൽ അവരെന്തുകൊണ്ട് ഇരിക്കണില്ല മനസ്സിലാവില്ല ഭാഗവതരെന്താ പാടണമെന്ന് ഒന്നും പിടിയിട്ടില്ല ഒരു രുചിയില്ല എന്താ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്റെ ഉള്ളിലില്ല നേരെ മറിച്ച് ടി വിയിൽ ഒരാൾ കുത്തിക്കൊല്ലുമ്പോൾ ഞാനിങ്ങനെ കോരിത്തരിക്കുകയാണെങ്കിൽ എനിക്കറിയണില്ല എന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അവിടെ ആര് വെട്ടുവോ കുത്തുവോ ഒക്കെ ചെയ്തോ അവർ നാടകം അവർ പൈസയും വാങ്ങിച്ചോണ്ട് പോയി അപ്പൊ എന്തായി എന്റെ ഉള്ളിൽ ഞാൻ സൈക്കിക് പ്ലെയിനിൽ ആരെയോ ഒരാൾ കുത്തിമനാത്മാനം സമം പശ്യ സർവത്ര സമമസ്ഥിതം ഈശ്വരം എല്ലാവരിലും സമമായിരിക്കുന്ന ഈശ്വരനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിദ്യ അധ്യാത്മവിദ്യ വിദ്യാനാം എന്ന് ഭഗവാൻ പറഞ്ഞു അധ്യാത്മവിദ്യയാണ് ഞാൻ വിദ്യകളിൽ എന്നാണ് ഇതിനാദ്യപടി എന്താ നമുക്ക് വിഷമുണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിച്ചുകൂടാൻ പറ്റുമെങ്കിൽ ഒഴിച്ചുകൂടാം കാണാതിരിക്കാം നമുക്ക് എല്ലാവരിലും ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ അത് അർത്ഥം ഓരോ വ്യക്തികളെ കാണുമ്പോഴും എന്റെ ഉള്ളിൽ ശാന്തിയാണ് ഉണ്ടാവണതെങ്കിൽ ഞാൻ ഈശ്വരനെ കാണുന്നു അല്ലാതെ എന്തെങ്കിലും കിരീട മകുടങ്ങളോടുകൂടെ കിരീട ശംഖചക്രങ്ങളോടുകൂടെ ഒരു ഭഗവാനെ എല്ലാവരിലും ഇരിക്കുന്നത് പോലെ കാണാൻ സാധ്യമല്ല ഈശ്വരനെ കാണുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഈശ്വരന്റെ സ്വഭാവം ശാന്തിയാണ് ആത്മാവാണ് ഈശ്വരൻ എനിക്ക് ആരെ കണ്ടാലും ഞാൻ ആത്മനിഷ്ഠയിൽ നിന്നും ചലിച്ചു മനോമണ്ഡലത്തിലേക്ക് വരണില്ലെങ്കിൽ ഞാൻ ബ്രഹ്മദർശിയാണ് പക്ഷെ എന്തുണ്ടാവുന്നു ആളുകളെ കാണുമ്പോ എനിക്ക് ചിലരെ കാണുമ്പോൾ തമാശ തോന്നുകയും ചിലരെ കാണുമ്പോൾ കോപം തോന്നുകയും ചിലരെ കാണുമ്പോൾ അസൂയ തോന്നുകയും ചിലരെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി ഉള്ളിൽ നിരന്തരം ആഗ്രഹത്തിനേയും തമാശയും കോപത്തിനെയും കാമത്തിനെയും അസൂയ ഉണ്ടാക്കാൻ കാരണമായിരിക്കും എനിക്ക് വ്യക്തികളെ ഒക്കെ കാണുമ്പോൾ ഇത് ഈ ദൂഷ്യം ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിലും സ്പർദ്ധാ അസൂയാ തിരസ്കാരാ സാഹംകാരാ വിയന്തി എന്ന് ഭാഗവതം പറഞ്ഞു സർവം ബ്രഹ്മാത്മകം തസ് വിദ്യയാ ആത്മമനീഷയാ പരിപശ്യൻ ഉപരമേത് സർവതോ മുക്ത സംശയാ ഭാഗവതത്തിന്റെ അവസാനത്തെ വാക്കാണ് ശ്രീമദ്ഭാഗവതത്തിൽ ഭഗവാന്റെ ഉപദേശത്തിന്റെ അവസാന വാക്കാണ് പരിപശ്യന്ന് ഉപരമയത്ത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എല്ലാവരിലും ഭഗവാനാണെന്ന് ആദ്യം ശാസ്ത്രം കൊണ്ടൊക്കെ നിശ്ചയിച്ച് പിന്നെ കണ്ട് മനനം ചെയ്ത് മനനം ചെയ്ത് അവസാനം ആ വിചാരത്തിനും വിട്ട് ചുമ്മാ ഇരിക്കും എന്നാണ് പിന്നെ വിചാരിക്കും വേണ്ട വെറുതെ എല്ലാം വാസുദേവനാണ് ഭഗവാനാണ് അതൊരു തോട്ട് അതും വേണ്ട നിശ്ചലമാവും ചുമ്മായിരിക്കും ചുമ്മാ പ്രകൃതി സംബന്ധം പോവും പ്രകൃതി സംബന്ധം പോയാൽ സ്വരൂപജ്ഞാനം ഉണ്ടാവും എന്തൊക്കെ തന്നെ ചെയ്താലും അവസാനം ചുമ്മാ ചുമ്മാരിക്കുന്നത് കൊണ്ടേ ഞണ്ടാവുള്ളൂ ചുമ്മാ ഇരിക്കുന്നത് വിട്ട് ഒരു ചലനം ഉണ്ടായാൽ ഞാൻ പ്രകൃതിയോട് സംബന്ധപ്പെടും പ്രകൃതി സംബന്ധങ്ങളെയൊക്കെ ഉപയോഗിച്ച് അവസാനം ചുമ്മാരിക്കണം അതാണ് അപ്പൊ എന്താവും ആത്യന്തികമായ ചുമ്മാ ഞാൻ വന്നാൽ പരിപൂർണമായും ഞാൻ എന്നെ തന്നെ അനുഗ്രഹിച്ചു അതിനാദ്യ പണിയാണ് എല്ലാവരിലും ആത്മാവിനെ മനനം ചെയ്തുകൊണ്ട് ദൂഷ്യങ്ങളെ കാണാതെ അത് അവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവാതിരിക്കാനും കൂടി നമ്മളെ തന്നെയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ ഈ ജ്ഞാനത്തിനെ അഭ്യസിച്ച് ഉറപ്പിക്കുക അടുത്ത ശ്ലോകം നോക്കാം പ്രകൃത്യവചർമാണി ക്രിയമാണി സർവശ്യ തഥാത്മാരം എല്ലാവരെയും ഭഗവാനാണ് ഉള്ളതെന്ന് പറഞ്ഞുവല്ലോ പക്ഷേ ആളുകൾ അവർ കാണിക്കുന്നതൊക്കെ കണ്ട അവരിൽ വല്ല സാത്താനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് എളുപ്പമാണ് ഭഗവാനുണ്ടെന്ന് വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു അതിന് ഭഗവാൻ പറയാണ് അത് അവരല്ല ചെയ്യണത് പ്രകൃതിയിൽ വെച്ച കർമാണി ക്രിയമാണാണി സർവശ പ്രകൃതിയിലുള്ള സത്വരക സ്തമോ ഗുണങ്ങൾ ഏതോ ഒന്ന് ഒരാൾ നല്ലവനായിരിക്കുന്നു അത് അയാൾ നല്ലവനാവണം എന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ല അയാൾക്ക് നല്ലവനായിട്ടിരിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരാൾ ദുഷ്ടനായിട്ടിരിക്കുന്നു അത് ദുഷ്ടനായിട്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ല അയാൾക്ക് ദുഷ്ടതയെ അയാൾക്ക് പറ്റുള്ളൂ അയാളിൽ ആ ഗുണമാണുള്ളത് അയാളിലുള്ള പ്രകൃതി അങ്ങനെയാണ് അയാള് ആ ദുഷ്ടനായിട്ട് കണ്ടുകൊണ്ടും ആ ദുഷ്ടതയ്ക്ക് അപ്പുറമൊരിക്കുന്ന ഭഗവാനെ കാണാമെങ്കിൽ യഹ പശ്യതി തഥാ ആത്മാനം അകർത്താരം ആത്മാനം യഹ പശ്യതി സപശ്യതി രാവണനാകട്ടെ വിനോബാജി ഗീതാ ടോക്സിൽ വിനോബാജി ആവർ പറയണത് ഇതാണ് രാമനിലേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ രാവണനിൽ കാണാൻ പറ്റില്ല ആദ്യം പക്ഷേ കുറെ കഴിയുമ്പോൾ ഗീത പഠിച്ചു കഴിയുമ്പോ അവസാനം രാവണനിലും ഭഗവാനെ കണ്ടാലേ സമാധാനമാവുകയുള്ളൂ രാമനിൽ ഭഗവാനെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും എളുപ്പത്തിൽ സാധിക്കും പക്ഷെ രാവണന്റെ ശരീരവും അതിന്റെ പ്രവൃത്തിയും പ്രകൃതിയാണെന്നും അതിനു പുറകിലിരിക്കുന്ന ചൈതന്യം നിത്യശുദ്ധ ബുദ്ധമുക്ത വസ്തുവാണെന്നും കാണാമെങ്കിൽ പൗരാണികമായ ബലം സ്വീകരിച്ചാൽ തന്നെ നമുക്ക് കാണാം ഇവര് വൈകുണ്ഠത്തുനിന്ന് വന്നവരാണ് ഭഗവത് പാർശവന്മാരാണ് അപ്പൊ അവരുടെ ദൂഷ്യം എവിടെ വന്നു പ്രകൃതി സംബന്ധം കൊണ്ട് വന്നതാണ് ഗുണസംഖേന വന്നതാണ് അതുകൊണ്ട് പ്രകൃതി സംഘം നീങ്ങിയതുകൊണ്ട് രാവണ കുംഭകർണന്മാരും ഒക്കെ നമുക്കും ആരാധ്യരായി ഇന്ന് വൈകുണ്ഠത്തിൽ ഇരിക്കുന്നുണ്ടോ എന്ന് കരുതിയാലും ഭഗവാനെ കാണാം പക്ഷെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അവരിൽ ഭഗവാനെ കാണണം കണ്ടേപ്പോ അപ്പോ യഹാ പശ്യതി തഥാ ആത്മാവ് ആത്മാവനെ ആര് കാണുന്നു സഹാ പശ്യതി അവനാണ് വാസ്തവത്തിൽ കാണുന്നവൻ എന്നാണ് യും കാണാനുള്ള കണ്ണ് ആന്തരികമായി തുറക്കണം അപ്പോഴേ കാണാം തതേ വിസ്താരം ബ്രഹ്മസംഭജ്യത യഥാ ഭൂതപൃഥക് ഭാവം ഏകസ്ഥം അനുപശ്യതി ഉപനിഷത്തിലും രാജ്ഞവൽക്കയനോട് ചോദിക്കുന്നു ജനകസഭയിലും ഭൂമി എവിടെയാണ് നിൽക്കുന്നത് രാജ്ഞവൽക്യൻ പറഞ്ഞു വെള്ളത്തിലാണ് വെള്ളം എവിടെ നിൽക്കുന്നു അഗ്നിയിലാണ് അഗ്നി കൊണ്ട് വെള്ളത്തിനെ ചൂടാക്കിയാൽ വെള്ളം അഗ്നിയിലില്ലാതാവും അഗ്നി എവിടെ നിൽക്കുന്നു വായുവിലാണ് വായു സംഘർഷണജമാണ് അഗ്നി വായു എവിടെ നിൽക്കുന്നു സ്പേസിലാണ് ആകാശത്തിലാണ് ആകാശം എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു അധികം ചോദിച്ചാൽ തല പൊട്ടി പോവും എന്ന് പറഞ്ഞു ആജ്ഞ വിളിക്കുന്നു ഇതിനുമേലെ അതിന് നടന്നോ ചോദിക്കരുത് എന്നാണ് തല പൊട്ടിക്ക് പോരും പോകുമെന്ന് പറയാൻ കാരണം എന്റെ വ്യക്തിത്വവും പോകും എന്നർത്ഥം ഇതിനപ്പുറം നീ ചോദിച്ചാൽ നിന്റെ വ്യക്തിത്വവും പോവും കാരണം ആകാശം തൊട്ടാണ് നീ ദൃശ്യപ്പെട്ട കാണുന്നത് ആകാശം എവിടെ നിൽക്കും എന്ന് ചോദിച്ചാൽ കാശം എവിടെ നിൽക്കണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോ സ്പേസ് വരുന്നു ഉറങ്ങുമ്പോ സ്പേസ് മറിയുന്നില്ലേ ദിവസം നമുക്ക് അനുഭവമാണ് മനസ്സുദിക്കുമ്പോ സ്പേസ് ഉദിക്കുകയും മനസ്സിലയിക്കുമ്പോ സ്പേസ് മറിയുകയും ചെയ്യുന്നു മനസ്സിലാണ് സ്പേസ് നിൽക്കുന്നത് മനസ്സെവിടെ ഉദിക്കുന്നു ഞാനുണ്ട് എന്നുള്ള ബോധത്തിലാണ് മനസ്സുദിക്കുന്നത് ഇപ്പൊ ചുരുക്കത്തിൽ ോധത്തിൽ മനസ്സെന്നുള്ള അനിർവചനീയ ശക്തി പൊന്തി ആകാശമായും വായുവായും അഗ്നിയായും ജലമായും ഭൂമിയായും ഒക്കെ മാറുകയാണ് സ ഏതസ്മാത്മന ആകാശൂത എന്ന് തുടങ്ങി ശ്രുതി പറഞ്ഞുകൊണ്ടുവരും അപ്പോ നാനാ നാമരൂപങ്ങളോടുകൂടി ഭേദത്തോടുകൂടി കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ പ്രകൃതിയിലിരിക്കുന്നതായിട്ടും പ്രകൃതി തന്നിൽ അനിർവചനീയമായി ഒരിക്കുകയും തന്റെ സ്വരൂപത്തിൽ ലയിക്കുകയും ചെയ്യുന്നതായിട്ടും ഏതൊരുത്തൻ കാണുന്നുവോ തതയേവ ആ ക്ഷണം മുതൽ ആ ദൃഷ്ടിയിൽ നിന്ന് തന്നെ വിസ്താരം ബ്രഹ്മസമ്പദ്യ ആ ക്ഷണം മുതൽക്ക് തന്നെ അയാള് എല്ലാ ആത്മാവിൽ നിന്നാണ് എന്ന് കാണുന്നു തതയേവ വിസ്താരം ഉത്പത്തി വികാസം ആത്മത പ്രാണ ആത്മത ആശാ ആത്മതസ്മര ആത്മത ആകാശ ആത്മതസ്തേജ ആത്മത ആപ ആത്മത ആവിർഭാവതിരോഭാവോ ആത്മതോന്ന ആത്മാ പുരസ്താത്മാ പശ്ചാത് ആത്മാക്ഷിണത ആത്മോത്തരത ആത്മൈവേദം എല്ലാ വികാരങ്ങളും വിഷമങ്ങളും നാമരൂപങ്ങളും എല്ലാം ആത്മാവിൽ നിന്നും ഉണ്ടാ ഉണ്ടാവുന്നു ആത്മാവൻ നിൽക്കുന്നു ആത്മാവിൽ ലയിക്കുന്നു വെള്ളം അലയും കുമളയും ഒക്കെ തന്നെ വെള്ളമാണെന്ന് കാണുന്ന പോലെ ആത്മാവ് തന്നെയാണ് ഈ നാമരൂപങ്ങളൊക്കെ പൂണ്ട് പല രൂപത്തിലും അവൻ കാണുമ്പോൾ അവനെ കണ്ണു തുറന്നു നോക്കണതും ആത്മാവാണ് പുറന്നുവശത്തും ആത്മാവാണ് മേലയും ആത്മാവാണ് ചുവട്ടിലും ആത്മാവാണ് ശകലതും ആത്മാവാണെന്ന് കാണുമ്പോൾ വിസ്താരം യഥാ പശ്യത്തി ബ്രഹ്മസമ്പദ്യത്തെ ബ്രഹ്മീവഭവതി തഥാ തസ്മിൻ കാലേ വിദ്യർത്ഥ സർവത്ര ബ്രഹ്മദർശനം ഉണ്ടാവുന്നു അയാൾക്ക് സകലതും ആത്മദർശനം ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ ഒന്നിനെ കാണുന്നതും അയാളിൽ ചിത്തവിക്ഷോഭമോ വികാരങ്ങളോ വിഷമസ്ഥിതിയോ ഉണ്ടാക്കുന്നില്ല അർത്ഥം അതാണ് ആത്മദർശനം അല്ലാതെ ആത്മാ എന്ന് പറഞ്ഞൊരു വസ്തുവിനെ കാണാൻ പറ്റില്ല കാണുന്നവന്റെ ഉള്ളിൽ ചിത്രനിർത്തിയില്ലെങ്കിൽ ഒരു വസ്തുവും അതിന്റെ സ്വാധീനം ചെലുത്തിനില്ലെങ്കിൽ അവൻ ആത്മദർശിയാണ് അവന് സദാ സച്ചിദാനന്ദമാണ് ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം ശരീര അനാദിത്വാത്ത് നിർഗുണത്വാത് ഓരോ ശരീരത്തിലും കേന്ദ്രസ്ഥാനത്തിൽ സച്ചിദാനന്ദമായിരിക്കുന്ന ഭഗവാൻ അവ്യയ ഒരു വ്യയവും ഇല്ലാത്തവനാണ് എന്ന് വെച്ചാൽ ശരീരം പരിണമിച്ച് ക്ഷയിച്ച് നശിച്ചു പോകുമ്പോഴും മനസ്സ് പരിണമിച്ച് നശിച്ചു പോകുമ്പോഴും ഒരു മാറ്റവും കൂടാതെ അനുസ്യൂതം ഏകരസമായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ശരീരത്തിലിരുന്നാലും ന കരോതീ നലിപ്പ്യത ശരീരത്തിന് സാക്ഷിയായിട്ടിരുന്നാലും ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ചേതനയായിരിക്കുമ്പോഴും ഒരു മാറ്റവും വരുന്നില്ല എന്ന് മാത്രമല്ല ശരീരം എന്തൊക്കെ പ്രവർത്തിച്ചാലും മനസ്സിൽ എന്തൊക്കെ സങ്കല്പം ഉണ്ടായാലും ആത്മാവിനെ ഇതിന്റെ ദൂഷ്യങ്ങളൊന്നും ബാധിക്കണില്ല ആത്മാവാണ് ഞാനിന്ന് നിരന്തരം ആര് ധ്യാനം ചെയ്യുന്നുവോ അവരും ദൂഷ്യമൊന്നും ബാധിക്കില്ല ശരീരവുമായി ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ ശരീരത്തിന്റെ ദൂഷ്യവും അഹങ്കാരത്തിന്റെ ദൂഷ്യവും എന്നെ വാദിക്കും ശരീരത്തിനെ താനല്ലെന്ന് മാറ്റി അവ്യയമായ പരമാത്മസ്വരൂപമാണ് തന്റെ യഥാർത്ഥ സ്വരൂപമെന്ന് നിത്യനിരന്തരമായ അനുസന്ധാനം ചെയ്യുന്നു അവനും വിമുഖതനായിട്ട് തീരും അടുത്ത ശ്ലോകം ിപ്യത യഥാ സർവഗതം ആകാശം ആകാശം എന്ന് വെച്ചാൽ സ്പേസ് സ്പേസ് ഈസ് ഓൾ പെർവേഡിംഗ് അല്ലെ പെർവേസീവിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ആകാശത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് ആകാശം എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമേയില്ല കാരണം ആ വാക്കി തന്നെ തെറ്റിപ്പോകും ഭാഷ അവിടെ പരിച്ഛിന്നമാണ് ഇടമെന്ന് പറഞ്ഞാൽ തന്നെ ആകാശമാണ് എല്ലായിടത്തും ഉള്ള ആ സ്പേസ് ഒന്നുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല എന്തെങ്കിലും അത് ബാധിക്കുന്നുണ്ടോ എന്തൊക്കെ നടക്കുന്നു ആകാശത്തിൽ ഇരുട്ട് വന്നാലും വെളിച്ചം വന്നാലും പൊടിപടലങ്ങൾ വന്നാലും കാറ്റുവീശിയാലും സുഗന്ധമായാലും ദുർഗന്ധമായാലും പാപപ്രവൃത്തിയോ പുണ്യപ്രവൃത്തിയോ എന്തൊക്കെ നടന്നാലും ആകാശം അതുകൊണ്ട് ബാധിക്കപ്പെടാത്തതുപോലെ ശരീരത്തിന് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ബോധം ശരീരത്തിന്റെ കർമ്മം കൊണ്ടൊന്നും ബാധിക്കപ്പെടുന്നവരാണ് അസംഗോഹി അയം പുരുഷ ഈ തത്വം ആര് അറിഞ്ഞ് ധ്യാനിച്ച് ആ സ്ഥിതിയിൽ നിൽക്കുന്നു അവൻ അസ്പർശയോഗി എന്ന് പേര് അവൻ എന്തൊക്കെ പ്രവർത്തിച്ചാലും അവൻ അസ്പർശയോഗിയാണ് കൃഷ്ണൻ അസ്പർശയോഗിയാണ് പല മഹാത്മാക്കളും അസ്പർശയോഗികളാണ് ദത്താത്രേയൻ അസ്പർശയോഗിയാണ് ഭാഗവതത്തിൽ ദത്താത്രേയനെ കണ്ട് യദുമാഹാരാജാവ് ചോദിക്കുമ്പോ തന്നെ ഈ വിശേഷണം വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് സ്പർശവിഹീനസ് എന്നുള്ള വിശേഷണം ദത്താത്രേയനോട് പറയാണ് അങ്ങ് സ്പർശവിഹീനനാണ് യാതൊന്നും അങ്ങയെ ബാധിക്കണില്ല ഇതിന്റെ രഹസ്യം എന്താണ് എല്ലാത്തിന്റെ നടുവിലിരുന്നിട്ട് എങ്ങനെ സ്പർശവിഹീനനായിട്ടിരിക്കുന്നു ഈ യോഗം വളരെ വിചിത്രമാണെന്നാണ് ഗൗഡബാധാചാര്യർ പറയണത് യോഗികളായിട്ടുള്ള ആളുകൾ യോഗികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ധ്യാനിച്ച് ഉറപ്പിച്ച് ഏതെങ്കിലും ഇഷ്ടദൈവം പലതിലും അല്ലെങ്കിൽ പ്രകാശം പ്രാണായാമം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് അവരുടെ വ്യക്തിത്വം വളരെ മുഖ്യമാണ് ആ വ്യക്തിത്വത്തിനെ നിലനിർത്തൽ തന്നെയാണ് അവരുടെ യോഗത്തിൽ വളരെ സെൻട്രൽ പോയിന്റ് ആ വ്യക്തിത്വത്തിനെ വിടാൻ അവർക്ക് ഭയങ്കര പേടിയാണ് ൗകികന്മാരെക്കാളും ഭയങ്കരമായ ലൗകികത്തിന്റെ കൂരാക്കൂരിട്ടിലാണ് അവര് എന്നാണ് ഗൗഡബാദാചാര്യർ പറഞ്ഞത് പുറമേക്ക് അവര് യോഗമണ്ഡലത്തിലൊക്കെ വിഹരിക്കണതായിട്ടും ഭാവനാമണ്ഡലത്തിൽ വിഹരിക്കണതായിട്ടും ഒക്കെ തോന്നുമെങ്കിലും ഗൗഡബാദർ പറഞ്ഞു അസ്പർശ യോഗോ വൈനാമ സർവസത്വ സുഖാവഹ യോഗിനോ ബിഭ്യദേ ഹ്യസ്മിൻ അഭയേ ഭയദർശിന യോഗികൾ പറയും ഈ അദ്വൈതജ്ഞാനൊന്നും ഞങ്ങൾക്ക് വേണ്ടപ്പാ ഇതിൽ വ്യക്തിത്വമില്ലാതായിട്ട് തീരുക വെച്ചാൽ അതിനെ പേടിക്കാം എന്താന്ന് വെച്ചാൽ അയ്യോ അല്ലെങ്കിൽ പിന്നെ വ്യക്തിത്വം പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കും ഒരാൾക്ക് ഭൂതം കൂടി എന്നിട്ട് ഭൂതത്തിനെ ഓടിക്കാൻ പോകുമ്പോ അയാൾ പറയാണ് ഈ ഭൂതം പോയാൽ ഞാൻ എങ്ങനെ ഇരിക്കും നമ്മൾ ടോട്ടലായിട്ട് ആ ഭൂതത്തിന്റെ അടുത്ത് ഐഡന്റിഫിക്കേഷനാണ് അപ്പൊ അയാൾക്ക് ആ ഭൂതത്തിനെ ഓടിച്ചാൽ തനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയിൽ ഭൂതത്തിനോട് ആസക്തി വന്ന ഭ്യക്തിയെ പോലെ ഈ അഭിമാന രൂപമായ അഹങ്കാരത്തിനോട് ആസക്തി വന്നിട്ട് എനിക്ക് ആസ്വദിക്കണം എന്തെങ്കിലും യോഗമണ്ഡലത്തിലെ രസം ആസ്വദിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്ക് ഈ അസ്പർശയോഗത്തിനെ പേടിയാണ് ഇത്ര സ്പർശമില്ലാതിരിക്കുന്ന ഈ യോഗത്തിന് എല്ലാ വ്യവഹാരത്തിന് നടുവിലിരിക്കുമ്പോഴും പ്രകൃതി സംബന്ധമില്ലാതിരിക്കുന്ന യോഗം അതാണ് കൃഷ്ണൻ ഗീതയിൽ അവതരിപ്പിക്കുന്ന യോഗം അസ്പർശയോഗം എല്ലാ കാര്യങ്ങളും വ്യവഹാരമൊക്കെ അവിടെ യു ആർ നോർമൽ പേഴ്സൺ ലോകകാര്യങ്ങളൊക്കെ ചെയ്യൂ നിങ്ങളുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ പക്ഷേ പറ്റിക്കൂടാതെ ആകാശം പോലെ സ്പർശവിഹീനമായിട്ട് നിൽക്കാം വ്യവഹാരത്തിൽ അവനവനെ ധർമ്മം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും ഒന്നും ഇട്ടിട്ട് ഓടണ്ട കർമ്മമുണ്ടോ ഭംഗിയായിട്ട് ചെയ്യൂ പക്ഷെ സ്പർശമില്ലാതിരിക്കും ഈ പ്രവർത്തിക്കുന്ന ശരീരം ഞാനല്ല എന്നറിഞ്ഞുകൊള്ളാം ഈ കർത്തൃത്വമൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ് ആളിതൊക്കെ വീണുപോയാലും ഞാൻ ഒന്നും ബാധിക്കപ്പെടാതിരിക്കും അങ്ങനെ ആകാശം പോലെ സർവവ്യാപിയാണ് ആത്മാവ് എന്നറിയൂ ഭഗവാൻ ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു അടുത്ത ശ്ലോകം നോക്കും യഥാ പ്രകാശയത്യേക കൃത്രിം പ്രകാശയതി ഭാരത ഒരേ ഒരു സൂര്യൻ കൃത്സം ലോകം മുഴുവൻ ലോകത്തിനെയും പ്രകാശിപ്പിക്കുന്ന പോലെ ഒരേ ഭഗവാൻ ഒരേ അന്തര്യാമി ഒരേ വസ്തു എല്ലാ ശരീരങ്ങൾക്കും സെന്ററായിട്ടിരിക്കും എന്നുവെച്ചാൽ എന്റെ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെ ഞാൻ കണ്ടാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞനെ കണ്ടുകഴിഞ്ഞു സെന്റർ എവിടെയാണ് സർക്കം ഫ്രൻസ് ഇല്ലാതിന് സെന്റർ എവിടെയാണ് അതിന്റെ സർക്കം അനന്തമാണ് ജീവൻ എന്ന് പറയുമ്പോൾ ഓരോ ശരീരത്തിലും സെന്ററാണ് സർക്കംഫറൻസ് അനന്തമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോഴും അവിടെ സെന്റർ ഇവിടെയാണ് സർക്കംഫറൻസ് അനന്തമാണ് അത് എല്ലായിടത്തും വ്യാപിച്ചു മുഴുവൻ സെന്ററായ വസ്തുവാണ് ഇവിടെ ഇരിക്കുന്നത് ഒരേ സൂര്യൻ എല്ലാത്തിനും പ്രകാശിപ്പിക്കുന്ന പോലെ ക്ഷേത്രം ക്ഷേത്രി തഥാകൃസ്തം പ്രകാശയതി ഭാരത ക്ഷേത്രി ജ്ഞൻ എല്ലാ ക്ഷേത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു എല്ലാത്തിനും ഏകപ്രകാശമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതായത് അവനവനെ അറിഞ്ഞാൽ പരമാത്മാവിനെ അറിഞ്ഞു ഭഗവത് സ്വരൂപത്തിനെ അറിഞ്ഞു അല്ലാതെ ഭഗവാനെ അറിയാൻ വേറെ വഴിയൊന്നുമില്ല ഭഗവാനെ ഇവിടെ തന്നെ അറിയണം തന്നെ അറിയണം എങ്ങനെയൊക്കെ ചുറ്റി വളഞ്ഞാലും അവസാനം തന്നിലേക്ക് വരേണ്ടി അതാണ് അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ പറയണത് നോക്കാം സമസ്ത അധ്യയാർഹാര ഉപസംഹാരാർത്ഥാ ശ്ലോക അധ്യായത്തിന് മുഴുവൻ ഉപസംഹരിക്കുകയാണ് അടുത്ത ശ്ലോകത്തില് നോക്കാം ക്ഷേത്രക്ഷേത്രജ്ഞയോഷം ക്ഷേത്രക്ഷേത്രജ്ഞയോ യഥ്യാഖ്യതയോ യഥാർശ്രകാരേണ അന്തരം ഇതരെതരവൈലക്ഷണവിശേഷം ജ്ഞാനചക്ഷുഷാ ശാസ്ത്രചാര്യോപദേശജനം ആത്മപ്രൈകം ജ്ഞാനം ചുർ തേന ജാനചക്ഷുഷാ ഭൂതപ്രഗതിമോക്ഷം ഭൂത അവിദ്യലക്ഷണ അവ്യക്ത്യ ഭൂതപ്രകൃത്തെ മോക്ഷണം അഭാവഗമനം ചേ വിദു വിജാനി തേ ഗി പരമാർതത്വം ബ്രഹ്മ നേഹമാദദത്തെ ഇവിടെ ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും ഈ പറഞ്ഞ രീതിയിൽ വിവേചനം ചെയ്ത് വിചാരം ചെയ്ത് ആരറിയുന്നു എങ്ങനെ അറിയുന്നു ജ്ഞാനചക്ഷുഷ അതായത് സെന്ററിനെ ബോധമാവുന്ന കണ്ണുകൊണ്ടുവേണം ഇത് കാണാൻ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്നവനാണ് താൻ എന്ന് പറഞ്ഞു ഭൂതപ്രകൃതി മോക്ഷം ഭൂതപ്രകൃതി എന്ന് വെച്ചാൽ ദിവസം നമ്മൾ ഉറങ്ങുമ്പോ ഉറക്കത്തിൽ എല്ലാം ഒരു അവ്യാകൃതത്തിൽ പോയി ലയിക്കുന്നു സാക്ഷാത്കാരം ഉണ്ടാവണില്ല നമുക്ക് അല്ലെ ഉറക്കത്തിൽ സുഖമുണ്ട് ആത്മാവിന്റെ ആനന്ദവും അജ്ഞാനത്തിന്റെ മറയും രണ്ടും ഉറക്കത്തിലുണ്ട് ആ അജ്ഞാനത്തിന്റെ മറങ്ങൾ നീക്കിയാൽ ആത്മാവിന്റെ ആനന്ദം പൂർണ്ണമായി അനാവൃത്തമാവും അതിനെന്ത് വേണം ഉറക്കത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല ജാഗ്രത്തിൽ പതുക്കെ പതുക്കെ യോഗാഭ്യാസം ചെയ്ത് ജ്ഞാനവിചാരം ചെയ്ത് ഭക്തിസാധന ചെയ്ത് ഭഗവാൻ ശരണാഗതി ചെയ്ത് പതുക്കെ വാസനകളെ നീക്കി ജാഗ്രത അവസ്ഥയിൽ നമ്മളുടെ ബോധത്തിലുള്ള വാസന മുഴുവൻ നീങ്ങി ബോധം നിർവാസനമായാൽ ഉറക്കത്തിൽ നമ്മൾ ദിവസം മനസ്സ് ചെന്ന് ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന ആവരണം ഉണ്ടല്ലോ ആ ആവരണം ജാഗ്രത്തിൽ നീങ്ങും അങ്ങനെ ആവരണം നീങ്ങിയ ആൾക്ക് നിരാവരണ ദൃഷ്ടി എന്ന് ഗൗഡബാദാചാര്യ പേര് പറയു അവന്റെ ആവരണം നീങ്ങിയിരിക്കണമെന്നാണ് ഉറക്കത്തിലും ജാഗ്രത്തിലും മനസ്സുണ്ട് ജാഗ്രത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു ഉറക്കത്തിൽ മനസ്സ് ഒരു കറുത്ത മൂടുപടമായിട്ട് സത്യത്തിനെ മറച്ചു ഒരു പാത്രത്തിൽ വെള്ളമിട്ടിട്ട് അതിൽ കരിപ്പൊടി ഇട്ടാൽ ആ കരിപ്പൊടി ഇളക്കിവിടുമ്പോ വെള്ളം കറുക്കും കുറെ നേരം തെളിയാൻ വെച്ചാൽ കരിപ്പൊടി അടിയിൽ പോയി അടിഞ്ഞു കിടക്കും പക്ഷേ അടിഞ്ഞു കിടക്കുമ്പോഴും വെള്ളത്തിൽ ഇളകുമ്പോഴും കരിപ്പൊടി പാത്രത്തിലുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ് ജാഗ്രത്തിലും സ്വപ്നത്തിലും ഇളക്കിവിടപ്പെടുന്നത് കൊണ്ട് അതിൽ നാമരൂപവും ചിത്തവൃത്തികളും വികാരങ്ങളും പ്രപഞ്ചഭാനവും ഒക്കെ ഉണ്ട് അത് അടിഞ്ഞുകൂടുന്നത് കൊണ്ട് അത് ഭാനമില്ല നാമരൂപമില്ല രാഗദ്വേഷമില്ല എന്നാലും കരിപ്പൊടി ഉണ്ട് അവിടെ വാസന അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഉറങ്ങുന്നവൻ ഞാനിയാകാത്തത് ഉറങ്ങിയണീക്കുന്നത് കൊണ്ട് പക്ഷെ ഉറക്കത്തിൽ ആനന്ദമുണ്ട് ഏത് ദുഃഖം അനുഭവിക്കുന്ന ദിവസത്തിലും ആനന്ദമുണ്ട് ഏറ്റവും വിഷമം അനുഭവിച്ചു ഭർത്താവ് മരിച്ചു കിടക്കുമ്പോ ഭർത്താവിന്റെ ശവത്തിന്റെ മേലെ കിടന്ന് ഭാര്യ സുഖമായി ഉറങ്ങണം അവിടെയും ശാന്തിയാണ് സുഖമാണ് കരഞ്ഞിട്ടേ കരഞ്ഞു കരഞ്ഞ് അതിന് മേലെ കിടന്ന് തന്നെ ഉറങ്ങി എന്ത് പറ്റി ഉറങ്ങി കഴിയുമ്പോൾ ഒരു വശത്ത് ആത്മാനന്ദം ഉണ്ടാവുന്നുണ്ട് എന്താന്ന് വെച്ചാൽ മനസ്സിനെ ഉപയോഗിക്കാത്തത് വിക്ഷേപമില്ലാത്തതുകൊണ്ട് ആനന്ദം ഉണ്ടാവുന്നുണ്ട് പക്ഷേ മറ്റൊരു വശത്ത് ആനന്ദം ഇന്നതാണ് എന്നുള്ള തെളിച്ചമില്ല ബോധപൂർവമല്ല അനുഭവിക്കുന്നത് അവിടെ മനസ്സിന്റെ സമ്പർക്കമുണ്ട് അതാണ് ദൂഷ്യം അവിടെ ജാഗ്രതത്തിലും മനസ്സിന്റെ സമ്പർക്കം ഉള്ള പോലെ തന്നെ ഉറക്കത്തിലും മനസ്സിന്റെ സമ്പർക്കം ബുദ്ധിക്ക് ഉള്ളതുകൊണ്ട് ആത്മാവിന്റെ ആനന്ദം തെളിയുന്നില്ല ജാഗ്രത അവസ്ഥയിൽ തെളിഞ്ഞനുഭവിക്കണം അതാണ് രമണ ഭഗവാൻ സുവ്യക്തമായിട്ട് അതിനെ പറഞ്ഞു നിദ്ര ന വിദ്യ ഗ്രഹണം ന വിദ്യ ഗൃഹാതികിഞ്ചിന്ന യഥാർത്ഥ ബോധേ നിദ്രാപദാർത്ഥഗ്രഹണേതര സാത് ചിദേവ വിദ്യ ദിലസന്തി അശൂന്യാ നിദ്ര വിദ്യയല്ല ഗ്രഹണം എന്ന് വെച്ചാൽ ചിത്രവൃത്തികൾ ഉണ്ടാക്കൽ ഗ്രാസ്പിംഗ് അതും വിദ്യയല്ല നിദ്രയ്ക്കും പദാർത്ഥഗ്രഹണത്തിനും അപ്പുറമുള്ള ചിത്ത് ബോധം കേവലമായ ബോധസ്ഫൂർത്തി അതാണ് വിദ്യ അത് ശൂന്യവുമല്ല അത് പൂർണ്ണമാണെന്നാണ് ചിദേവ വിദ്യ വിലസന്തി അശൂന്യ അത് തന്നെ ആത്മസ്വരൂപം ആത്മസാക്ഷാത്കാരം ഭഗവത് ദർശനം എന്നൊക്കെ നമ്മൾ പറയണത് ആ ദർശനം അല്പമെങ്കിലും അനുഭവിക്കാൻ സാധിച്ചാൽ തന്നെ ഭഗവാന് തന്നെ ഇതിന്റെ വശമറിയാം അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു സ്വൽപ്പമപ്യസ്യ ധർമ്മസ് ത്രായതേ മഹദോപയാ ഇതിൽ അല്പം സ്ഫുരിച്ചാൽ പോലും ജീവന് ഇനി എന്തു വേണം രാമകൃഷ്ണ പരമാൻസ്വർ പറഞ്ഞു ഒരു വലിയ വീപ്പ നിറയെ ലഹരി പദാർത്ഥം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇയാൾക്ക് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് നിൽക്കാൻ വയ്യ പിന്നെ അതിലെത്രയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവൻ എന്ത് ഇയാൾക്ക് അതിൽ ഒരു ഗ്ലാസ് ഉള്ളിൽ പോയാൽ തന്നെ കാല് നിലത്ത് ഉറയ്ക്കണില്ല പിന്നെ ആ പാത്രത്തിൽ എത്രയുണ്ടോ അറിഞ്ഞിട്ട് ഇവൻ എന്ത് വേണം അതുപോലെ നമുക്ക് വേണ്ടത് കിട്ടിയാൽ മതിയല്ലോ അടുക്കൽ എത്ര പായസം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ഇലയിൽ ഒഴിച്ചാൽ എനിക്ക് സമാധാനമായി രണ്ടാമത്തെ ഗ്ലാസ് ഒഴിക്കുമ്പോൾ മതിയും തോന്നും അപ്പൊ തന്നെ എനിക്ക് തൽക്കാലത്തേക്ക് മതി അല്ലേ അപ്പൊ നമുക്ക് ഇത്തിരി ശാന്തി കിട്ടിയാൽ തന്നെ നമ്മൾ സംതൃപ്തരാവും ധന്യതയുണ്ടാവും ശാന്തി ഉണ്ടാവും അതിന് ഈ സത്സംഗം അല്പമെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കരുതിക്കൊള്ളാം തുടർന്ന് അടുത്ത വർഷം അടുത്ത അധ്യായ രൂപത്തിൽ അടുത്ത സന്ദർഭത്തിൽ നമുക്ക് കാണാം ഈ ഒരു അവസരം നമുക്കുണ്ടാക്കി തന്നു ഈ ഭഗവത്ഗീതാ യജ്ഞം ഇവിടെ നടത്താനായിട്ട് ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ഈ അമ്പലം കമ്മിറ്റിക്കാരോടും കൃതാർത്ഥതയുണ്ട് ഒരു കാര്യം പലപ്പോഴും അവര് അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വന്നത് ഈ അമ്പലത്തിലാണ് അത് തിരുവനന്തപുരത്തിലൊരു പ്രഭാഷണത്തിന് വന്നതല്ല കന്യ കന്യാകുമാരിയിൽ ഒരു വേദസമ്മേളനത്തിനോ മറ്റോ എപ്പോഴോ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ദിവസം ഇവിടെ താമസിച്ചപ്പോ ആരൊക്കെയോ പറഞ്ഞു ഇവിടെ കൊണ്ടുവരുന്നു ഒരു പത്തുപേരുണ്ടായിരുന്നു ഒരു പ്രഭാഷണമൊക്കെ ചെയ്തിട്ട് പോയി അതൊരു പത്തു വർഷം മുമ്പാണെന്നും തോന്നുന്നു ആ പത്ത് പതിനഞ്ച് വർഷത്തോളാവുമെന്നും തോന്നുന്നു അപ്പോ അതിനുശേഷം പിന്നെ ഇപ്പഴാണ് വരണത്തിവിടെ ഏതായാലും ഈ അമ്പലത്തില് ഇങ്ങനെ ഒരു സന്ദർഭം നമുക്ക് ഭഗവാൻ ഒരുക്കി തന്നതിന് നടത്തിപ്പുകാർക്കും ശ്രോതാക്കൾക്കുമൊക്കെ ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരണമ പാർവതീപതകേ ഇവിടെ പതിവ് പോലെയുള്ള